ക്ഷാത് പരം ബ്ര തസ്മൈ ഗുരവേ നമ സദാശമാരംഭം ശങ്കചാര്സ്മദാര്പര്യ വേ ഗുരുപരംപരാ സാധനാപഞ്ചകം സോപാന പഞ്ചകം ഉപദേശ പഞ്ചരത്നം എന്നൊക്കെ പല പേരുകളോടുകൂടിയ ഒരു ലഘു പ്രകരണമാണ് ചിന്തിക്കുന്നത് നിവൃത്തി മാർഗക്രമത്തിൽ ഒരു സാധകൻ അവലംബിക്കേണ്ടുന്ന സാധനക്രമങ്ങളെ അഥവാ അനുഷ്ഠാനങ്ങളെ ഒന്നൊന്നായ എണ്ണി പറയുകയാണിവിടെ പരമമായ തത്വസാക്ഷാത്കാരത്തിലേക്കുള്ള പടവുകൾ അഥവാ പരമമായ ജീവൻ മുക്തിയിലേക്കുള്ള പടവുകൾ ആ നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേദോ നിത്യമധീയതാം തതുതിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശ്യ വിധീയതാമപചി കാമ്യേമതി പരിധൂയതം സുഖേ ദോഷോനുസന്ധീയം ആത്മേച്ഛാവ്യവസീയതം നിജഗൃത് പൂർണ്ണം വിനിർഗ്യം സങ്കസത്സു വിധീയതം ഭഗവതോ ഭക്തിർദൃാധീയതം ഷാദ് പരിചീയതം ദൃഢതരം കർമാശു സന്യജ്യത സദ്വിദ്പസർതം പ്രതിദിനം തത്വാദുക്കെ സം ബ്രഹ്മൈകാക്ഷരമ്യതം ശ്രുതിശിരോ വാക്യം സമാകർയത വിചാര്യതം ശ്രുതിശിര പക്ഷശ്രീയതം ദുസ്തർക്കു വിരമ്യതം ശ്രുതിമതോനുസന്ധീയത ബ്രഹ്മൈവാസ്മി വിഭാവ്യതാമഹരഹർഗർവരിത്യജ്യതാംഹോഹം അതിരുച്യതാം ബുധജനർവാദ പരിത്യജ്യതാം ഗുരുവിൽ നിന്ന് വേദാന്തവാക്യത്തെ നീ കേൾക്കൂ കേട്ടതുകൊണ്ട് കാര്യമായില്ല കേട്ടതിനെ യുക്തിപൂർവം ം ചെയ്യണം എന്നാൽ അങ്ങനെ യുക്തിപൂർവം വിചാരം ചെയ്യുമ്പോൾ എപ്പോഴും വേദാന്ത പക്ഷത്തെ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം വിചാരം എന്തെങ്കിലും ഒരു ക്രമം വിചാരപ്രക്രിയയ്ക്ക് വേണം ക്രമരഹിതമായ വിചാരം ഒരിക്കലും നമ്മളെ നിഗമനത്തിലെത്തിക്കില്ല അതുകൊണ്ട് ശ്രുതിയുടെ അഭിപ്രായം വൈദികമായ പദ്ധതിക്ക് അനുസൃതമായിട്ട് വേണം വിചാരം ചെയ്യാൻ അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ഭാഗം തുടർന്ന് ദുസ്തർക്കാശുവിരമ്യതാം ുതിമതർക്കോനുസന്ധിയതാം അപ്പൊ ദുസ്തർക്കാ സുവിരമ്യതാം പറഞ്ഞു ദുസ്തർക്കം ചെയ്യാനുള്ള ഒരു വാസന പലപ്പോഴും സാധകന്മാർക്ക് വലിയ തടസ്സമായിട്ട് അല്ലെങ്കിൽ സാധനാ മാർഗത്തിൽ നിന്ന് നിപതിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ശാസ്ത്രസ്വാധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ സംശയനിവൃത്തിയിലേക്ക് താൻ ഉയർന്നുവെങ്കിലൊരു പ്രശ്നമില്ല അല്ലാതെ ഗുരുവിൽ നിന്ന് ശാസ്ത്രം ശ്രവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അറിയാതെ അറിയാതെ തർക്കങ്ങളിലേർപ്പെടാനുള്ളൊരു ഒരു പ്രവണത ഉള്ളിൽ നിന്ന് വരും അത് വലിയ പതനമായിരിക്കും കാരണം അതർക്കമാണ് സത്യം എന്നിരിക്കെ നമ്മൾ കുതർക്കങ്ങളിൽ ദുസ്തർക്കങ്ങളിൽ വ്യാപരിച്ചാൽ എന്തിനാണോ ശാസ്ത്ര സ്വാധ്യായം ആ ലക്ഷ്യപ്രാപ്തി നമുക്ക് സാധിക്കില്ല ഇത് വളരെ ശ്രദ്ധേയമാണ് പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്ന ഒരു കുഴപ്പമാണ് സാധനാക്രമങ്ങളിലൊക്കെ വ്യാപരിക്കും ശാസ്ത്ര സ്വാധ്യായമൊക്കെ ചെയ്യും വെറുതെ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ട് സ്വയമധപതിക്കും അതുകൊണ്ട് മുന്നറിയിപ്പ് തരികയാണ് ഗുരുനാഥൻ ദുസ്തർക്കാത് സുവിരമ്യതാം ദുസ്തർക്കത്തിൽ നിന്നും നല്ലപോലെ വിരമിക്കൂ വിരമിച്ചാ പോലെ നല്ലപോലെ വിരമിക്കും ഒട്ടും ദുസ്തർക്കങ്ങളിലേക്ക് പോകരുത് തർക്കങ്ങളിലേക്ക് നമ്മളെ വലിച്ചഴയ്ക്കുന്ന സാഹചര്യങ്ങൾ വന്നാൽ ബുദ്ധിപൂർവ്വം മാറിക്കൊള്ളണം തർക്കങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കാണ് വികാര വിക്ഷോഭം വരുന്നത് തർക്കത്തിൽ സിദ്ധാന്ത സ്ഥാപനമാണ് ലക്ഷ്യമാകുന്നത് അവനവന്റെ സാധനയല്ല അവനവൻ ഏതൊരു പക്ഷത്തെ സമാശ്രയിക്കുന്നു അത് നാലാളുടെ മുമ്പിൽ സമർത്ഥിക്കണം സമർത്ഥിക്കപ്പെട്ട ഒരു സന്തോഷം സമർത്ഥിക്കപ്പെടുമ്പോൾ നമ്മുടെ പക്ഷക്കാർ പ്രശംസിക്കും ആ പ്രശംസ കേൾക്കുമ്പോൾ ഒരു അഭിമാനം ഇതൊക്കെയാണ് എല്ലാ സാധനാ അതുകൊണ്ട് സാധകൻ ദുസ്തർക്കങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കണം എന്ന അതുകൊണ്ട് ശാസ്ത്രീയമായ തർക്കം വേണ്ടേ തീർച്ചയായിട്ടും വേണം അവിടെ പറയുകയാണ് ശ്രുതിമത തർക്കോനുസന്ധീയതാം ശ്രുതിമത തർക്ക അനുസന്ധീയത വേദം മുന്നോട്ട് വയ്ക്കുന്ന തർക്കങ്ങളുണ്ട് വേദം മുന്നോട്ട് വയ്ക്കുന്ന തർക്കങ്ങൾ നീ അനുസന്ധാനം ചെയ്യൂ ഗുരുശിഷ്യ സംവാദ രൂപത്തിൽ നിരവധി തർക്കങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പൂർവപക്ഷ സിദ്ധാന്ത പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിൽ അങ്ങനെ ശാസ്ത്രത്തിൽ ആചാര്യന്മാർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളതായ വൈദികങ്ങളായ തർക്കങ്ങളെ തർക്ക പദ്ധതികളെ നീ പിന്തുടരൂ അത് സ്വയമാണ് അത് വേറുള്ളവരുമായിട്ടല്ല ഇനി ഒരു ഗുരുനാഥന്റെ ശിഷ്യന്മാർ സബ്രഹ്മചാരിമാരും ഒത്തുചേർന്നിരുന്നു ശാസ്ത്രാനുസാരം സുതർക്കം ചെയ്യുന്നത് നല്ലതാണ് അത് സുതർക്കമാണ് പദാർത്ഥ നിർണയത്തിനുള്ള തർക്കമാണ് ഗുരുനാഥൻ തങ്ങൾക്ക് തന്നതിനെ അനുസന്ധാനം ചെയ്യലാണ് അത് നല്ലതാണ് അതെപ്പോഴും ഒരു ബ്രഹ്മാഭ്യാസം എന്ന നിലയ്ക്കായിരിക്കണം തനിക്കറിയുന്ന ആശയങ്ങൾ താൻ അനുസന്ധാനം ചെയ്ത് ഉറപ്പിച്ച ആശയങ്ങൾ കൈമാറുന്നു അയാൾ അനുസന്ധാനം ചെയ്ത് ഉറപ്പിച്ച ആശയങ്ങൾ സ്വയം ശ്രവിക്കുന്നു ഇങ്ങനെ പരസ്പരം പൂരകമാകുന്ന രീതിയിൽ വേദോക്തങ്ങളായ തർക്കങ്ങളെ അല്ലെങ്കിൽ വേദാനുസൃതങ്ങളായ തർക്കങ്ങളെ നിയം അനുസരിക്കൂ ശ്രുതിമതസ്തർക്കോനുസന്ധിയതാം വ്യക്തമാണല്ലോ അപ്പൊ പിന്നെ എന്താ ചെയ്യാ ശാസ്ത്രവും പഠിച്ചു തർക്കിക്കാനും പറ്റില്ല ഇനിയിപ്പൊ എന്താപ്പൊ ചെയ്യാ അതൊക്കെ കൂടെ ശാസ്ത്രം പഠിച്ചാ തർക്കത്തിനാ പലർക്കും നോട്ടം അപ്പൊ പറയുന്നു ബ്രഹ്മൈവസ്മി വിഭാവ്യതാം ബ്രഹ്മേവ അസ്മി ഇതി വിഭാവ്യതാം ഗുരുനാഥനിൽ നിന്ന് മഹാവാക്യ ശ്രവണം ചെയ്തില്ലേ ആത്മബ്രഹ്മൈക്യമല്ലേ അവിടെ നീ ശ്രവിച്ചത് വിചാരം ചെയ്ത് ഉറപ്പിച്ചത് അതല്ലേ ഇനി ഗ്രന്ഥരാശിയിൽ കയറി പിടിച്ച് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ടു സമയം കളയരുത് തർക്കവിതർക്കങ്ങൾ എപ്പോഴും ഗ്രന്ഥരാശിയെ പിൻപറ്റിയിട്ടാണ് അതെ അതിലിത് പറഞ്ഞു ഇതിലിത് പറഞ്ഞു എന്നുള്ളതാണ് തർക്കത്തിന്റെ അടിസ്ഥാനം നീ സ്വാനുഭൂതിയിലേക്ക് അല്ലെങ്കിൽ ദൃഢപ്രജ്ഞയിലേക്ക് അല്ലെങ്കിൽ വിജ്ഞാനത്തിലേക്ക് ഉയരുക എന്നുള്ളതാണോ ലക്ഷ്യമാക്കുന്നത് എങ്കിൽ ഈ തർക്കങ്ങളൊക്കെ ഒന്ന് മാറ്റിവയ്ക്കൂ ശാസ്ത്രത്തിൽ നിന്ന് ധ്യേയം എന്തെന്ന് ലഭിച്ചു കഴിഞ്ഞാൽ തൽക്കാലം നീ ശാസ്ത്രം മാറ്റിവെച്ചോളൂ അതിൻ്റെ സാരം നിനക്ക് ലഭിച്ചില്ലേ ഇനി അതനുസന്ധാനം ചെയ്യൂ ബ്രഹ്മൈവാസ്മിഭാവ്യതാം ബ്രഹ്മ അസ്മി അസ്മി എന്ന് പറഞ്ഞാൽ അഹമസ്മി ഞാനാകുന്നു ഞാൻ ബ്രഹ്മമാകുന്നു അഹം ബ്രഹ്മാസ്മി ബ്രഹ്മ അസ്മി അസ്മി പ്രയോഗം അഹമസ്മിനേ ഒരു അതുകൊണ്ട് അഹമസ്മി ബ്രഹ്മ അഹമസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് അനുസന്ധാനം ചെയ്യൂ വിഭാവന ചെയ്യൂ ഇതാണ് ശാസ്ത്രസാരം ശാസ്ത്രം നിന്നോട് ഉപദേശിച്ചത് നീ ബ്രഹ്മം എന്നാണ് ഗുരുനാഥൻ പകർന്നു നൽകിയത് ഈ അറിവാണ് ആ മഹാവാക്യാർത്ഥത്തെയാണ് വിചാരം ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ യാതൊന്ന് വിചാരം ചെയ്ത് ഉറപ്പിച്ചോ അത് വീണ്ടും വീണ്ടും ഭാവന ചെയ്യൂ അഹം ബ്രഹ്മാസ്മി അതെങ്ങനെയാണ് സച്ചിതാനന്ദ രൂപനാണ് ഞാൻ ഒരു ശാസ്ത്രത്തിൻ്റെയും സഹായമില്ലാതെ തന്നെ യുക്തിപൂർവം ഞാൻ സച്ചിദാനന്ദമാണെന്നറിയുന്നു ഞാൻ ഉണ്ട് എന്നും ഞാൻ അറിയുന്നു എന്നും ഞാൻ ആനന്ദമാണെന്നും അറിയുന്നു ശാസ്ത്രത്തിലൂടെ ഈ സത്വം ചിത്തും ആനന്ദവുമാണ് ബ്രഹ്മലക്ഷണം എന്നറിയുന്നു ഞാൻ സത്വം ചിത്തും ആനന്ദവുമാണെന്നറിയാൻ ശാസ്ത്രം വേണ്ട ബ്രഹ്മം സർവജഗത് കാരണം സർവജഗത് ആശ്രയം സർവജഗത് നിധനം സത്തും ചിത്തും ആനന്ദവുമാണെന്നറിയാൻ ശാസ്ത്രം വേണം അപ്പോൾ തൻ്റെ അനുഭവവും യുക്തിയും ശാസ്ത്രവും എല്ലാം ഇവിടെ ഒന്നായിത്തീരുന്നു സച്ചിതാനന്ദമാണ് ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ് ബ്രഹ്മം ബ്രഹ്മമാകുന്നു ഞാൻ ഉണ്മ രണ്ടില്ല അസ്തിത്വം രണ്ടില്ല എല്ലാം ഉണ്ടെന്നുള്ളത് എന്തിനാലോ അത് തന്നെ ഞാൻ എന്തുകൊണ്ട് ഞാൻ ഉണ്ടെന്നുള്ളതിലെനിക്ക് സംശയമില്ല ഞാനുണ്ടെന്നുള്ളതിലെനിക്ക് സംശയമില്ല അതുകൊണ്ട് ഉണ്മയാകുന്നു ഞാൻ ഞാൻ പരമപ്രേമത്തിനാസ്പദമാണെന്നുള്ളതിൽ സംശയമില്ല അതെൻ്റെ അനുഭവമാണ് ഞാൻ ഏറ്റവുമേറെ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എൻ്റെ അനുഭവമാണ് ആനന്ദമാകുന്നു ഞാൻ ഞാൻ അറിയുന്നു എന്നുള്ളതും എൻ്റെ അനുഭവമാണ് അറിവാകുന്നു ഞാൻ ഇങ്ങനെ സത്തും ചിത്തും ആനന്ദവുമാണ് ഞാനെന്ന് അനുസന്ധാനം ചെയ്യൂ ബ്രഹ്മൈവാസ്മി വിഭാവ്യതാം അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിൻ്റെ പരം ലക്ഷ്യത്തെ നീ വിഭാവന ചെയ്താലും അങ്ങനെ വിഭാവന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അൽപ്പം ദിശ മാറിപ്പോയി കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞാനത്തിൽ മാത്രം കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഗർവത്തിലെത്തിപ്പോവും ഞാൻ ബ്രഹ്മമാണെന്ന് തോന്നുക ഞാൻ ബ്രഹ്മമാണെങ്കിൽ എല്ലാം ബ്രഹ്മം തന്നെയാണ് അത് പലപ്പോഴും തോന്നില്ല സർവബന്ധനങ്ങൾക്കും ഉപരി എത്തിക്കാനാണ് ശാസ്ത്രം പക്ഷേ പലപ്പോഴും ശാസ്ത്രം ഗർവമാകുന്ന ശാസ്ത്രാഭിമാനമാകുന്ന ബന്ധനത്തിന് കാരണമാകും ഞാൻ ത്രയേറെ പഠിച്ചവനാണ് ഞാനിതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ ആൾ തിരക്കടില്ല എന്നൊക്കെ അറിയാതെ വരും ചോദ്യം ഈ തലത്തിലും വരുമോ ഈ തലത്തിലും വരും ശാസ്ത്രവിചാരത്തിന്റെ ഈ ഒരു ഉന്നതമായ തലത്തിലെത്തിയാലും അഹങ്കാരവും ഗർവവുമൊക്കെ വരാം തീർച്ചയായിട്ടും വരാം ഏത് ഘട്ടത്തിലും വരാം അസൂയ തുടങ്ങിയവ വരാം ദുരഭിമാനം തുടങ്ങിയവ വരാം വരില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ വിദ്വാനാണ് ഞാനും ശാസ്ത്രത്തിൻ്റെ ഇന്ന പ്രക്രിയകൾ പഠിച്ചവനാണ് എന്നൊക്കെ വരാം അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വിചാരപൂർവമായി ജീവിക്കേണ്ടതാണ് അഹരഹ ദിവസവും ദിവസവും ഒരു ദിവസമല്ല എപ്പോഴത് വന്നുകൂടാന്നറിയില്ല പറയാൻ പറ്റില്ല ഇനി വിചാരം ചെയ്യേണ്ടതില്ലാത്ത അവസ്ഥ വരെ വിചാരം ചെയ്യണം വിചാരം കൊഴിഞ്ഞു പോകുന്നത് വരെ വിചാരം ചെയ്യണം അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഉപനിഷത്തിൽ വ്യക്തമായി നമ്മളോട് പറയുന്നത് താവതേവ നിരോധവ്യം യാവൃതിഗതം ക്ഷയം യാവത് ഹൃതിഗത്ം ക്ഷയം സർവ അഹങ്കാര പ്രത്യേകാത്മഭാവത്തിൽ ക്ഷയിക്കുന്നത് വരെ നിരോധിച്ചോളാം വിചാരസാധന ചെയ്തോളണം ഇല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും പതനമേർപ്പെടാം ഈ പതനം എന്ന് പറയുന്നത് ലോകദൃഷ്ടിയ ഉയർച്ചയായിരിക്കും കേട്ടോ അത് മനസ്സിലാക്കണേ ലോകദൃഷ്ടിയ ഉയർച്ചയായിരിക്കും വലിയ സ്വാമിയാണ് അല്ലെങ്കിൽ വലിയ വിദ്വാനാണ് അറിയില്ലേ പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി എന്താ മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതരത്നം സ്വാമി ചിതാനന്ദപുരിയാണ് ആള് മോശക്കാരനല്ല വെറുതെ ആരെങ്കിലും പണ്ഡിതരത്നം തരുമോ അപ്പൊ മോശക്കാരനല്ലാന്ന് ഉറപ്പല്ലേ അതാണ് ഈ ഇങ്ങനെ അറിയാതെ എപ്പോഴാ ഗർവം കയറി വരിക എന്നുള്ളത് പറയാൻ വയ്യ അതുകൊണ്ട് ദിവസവും ശോധന ചെയ്തോളണം ദിവസവും ശോധനം ചെയ്യണം ശുദ്ധീകരിക്കണം ദിവസവും എപ്പോഴും ശാസ്ത്രവിചാരം ചെയ്യണം ശാസ്ത്രവിചാരമില്ലെങ്കിൽ ശാസ്ത്രം അഹങ്കാരത്തിന് ഗർവത്തിനായിക്കൊണ്ട് തീരും അതുകൊണ്ടാണ് ഇവിടെ ഗുരുനാഥൻ അഹരഹ ദിവസവും ദിവസവും എന്നും ഗർവ പരിത്യജ്യത ഒരിക്കൽ പരിത്യജിച്ചാൽ പോരെ എപ്പോഴാ വന്നുകൂടുക എന്നറിയില്ല അതൊരു സാധനയാണ് എവിടെ ശാസ്ത്ര വിചാരം അഷ്ടമിക്കുന്നുണ്ടോ അവിടെ മറ്റ് പല വിചാരങ്ങളും കടന്നുകൂടും പറയാൻ പറ്റില്ല ഇതൊക്കെ വളരെ വിസ്തരിച്ച് പല ദൃഷ്ടാന്തങ്ങൾ സഹിതം പറയേണ്ടതാണ് സമയം അനുവദിക്കുന്നില്ല അത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചത് ഇതിപ്പോ എത്രാമത്തെ ദിവസമാണ് സ്വാമി നാളെയും കൂടിയുള്ളൂ അയ്യോ അയ്യോ എത്ര പിന്നെ എന്താ ചെയ്യാ എന്നിപ്പോ സംസാരിച്ചതിന് ശേഷം അപ്പൊ തുടങ്ങിയത് അതാ മല്ലെ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചത് ഇന്നിപ്പോ എത്രാമത്തെ ദിവസമാണ് എത്ര ദിവസാപ്പൊ ഇതുള്ളത് എന്ന് നമുക്കൊരു ശ്ലോകം വിചാരം ചെയ്താൽ മതിയായിരുന്നു നല്ലോണം എന്താവട്ടെ ശരി അപ്പോ അഹർ അഹർ ഗർഭ പരിത്യജ്യതാം പ്രതിദിനം ഗർഭത്തെ പരിത്യജിക്കേണ്ടതാകുന്നു എങ്ങനെ പരിത്യജിക്കണം നിത്യം വിചാരസാധന ഉണ്ടാവുക അത്രയോ വേണ്ട വേറൊന്നും വേണ്ട ഗർഭത്തെ ഉപേക്ഷിക്കണം ഗർഭത്തെ ഉപേക്ഷിക്കണം ഗർഭത്തെ ഉപേക്ഷിക്കണം എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ഒരാവശ്യമില്ല അത് വലിയ മറ്റൊരു പതനമായിരിക്കും ശാസ്ത്രവിചാരത്തിൽ മുറുകെ കഴിഞ്ഞോളാം അപ്പൊ പിന്നെ വേറൊരു ദോഷവും നമ്മളെ ബാധിക്കില്ല എവിടെ ശാസ്ത്ര വിചാരം നിൽക്കുന്നുവോ അവിടെ വിഷയവിചാരങ്ങൾ വരും അപ്പോഴാണ് അത് ഏത് തരം ദോഷമായാലും പതുക്കെ പതുക്കെ അങ്കൂരിക്കുന്നത് സംശയമില്ല അതുകൊണ്ട് ഗർവം എല്ലാ പ്രകാരത്തിലും പരിത്യജിക്കണം നമുക്കൊക്കെ ഏതൊക്കെ തരത്തിലാ ഗർവം തോന്നാന്നറിയില്ല പലതരത്തിൽ തോന്നാം മനുഷ്യന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചാൽ മതി ഞാൻ വേദാന്തമൊക്കെ പഠിച്ചു ഇപ്പോ വേദാന്തം ആ ചിദാനന്ദപുരുസ്വാമിയുടെ വേദാന്ത ക്ലാസ് ഉണ്ടെന്ന് കേട്ടാൽ ധാരാളം വരും വരുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഒരു പിരിയൊന്ന് അങ്ങോട്ടും അങ്ങോട്ടായ എന്താ സ്ഥിതി എന്താ ഒരു പിരി ഒരല്പം ലൂസായി ലൂസായാൽ കുഴപ്പമില്ല ആൾക്കാർ ധാരാളം പിന്നാലെ കൂടും കാരണം ലൂസ് ആൾക്കാരെ കൂടെ കൂടാതെ സുഖ ഒരല്പം ടൈറ്റ് ആയാലും ഒരാൾ വരുവോ അയ്യോ അവിടേക്ക് പോണ്ടാട്ടു എന്താ അത് നമ്മളെ സ്വാമിക്ക് ഇപ്പൊ പിരി പുരിയല്ല അപ്പൊ പിരിയാ പിരി കുറച്ച് ടൈറ്റ് ആയിരിക്കും പറയില്ലേ ഇല്ലയ പറയില്ല പറയും സംശയമില്ല അടുക്കാൻ പറ്റില്ല ഒരു ഇതിപ്പോ ഒരു ഒരു കറക്റ്റ് ഒരു സ്ക്രൂ പിരിച്ചു വെച്ച പോലെയാണേ അത് കഴിഞ്ഞാൽ എന്ത് ഒന്നുമില്ല ആർക്കും എപ്പോഴും വരാം ഏതവസ്ഥയിലുള്ളവർക്കും വരാം തമാശയാന്ന് വിചാരിക്കരുത് അതുകൊണ്ട് ഒന്നിന്റെ പേരിലും ഗർഭത്തിന് വകുപ്പില്ലേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക ഒന്നിന്റെ പേരിലും ഗർഭത്തിന് വകുപ്പില്ല ഉണ്ടോന്ന് ആലോചിച്ച് നോക്കുക പിന്നെ അങ്ങനെ കഴിഞ്ഞോളൂ അങ്ങനെ കഴിയുമ്പോ എന്തിനാ പരിശ്രമിക്കണ്ടേഹോഹം മതിരുച്യതാം ഞാൻ ദേഹമാകുന്നു എന്നുള്ള ബുദ്ധിയെ നീ ഉച്യതാം ഉപേക്ഷിച്ചാലും ദേഹോഹം അതിരുച്യതാം ദേഹമാകുന്നു ഞാൻ എന്നുള്ള ബുദ്ധിയാണ് ലോകവ്യവഹാരം മുഴുവൻ നമുക്കതാണ് ഉറപ്പിക്കുന്നത് അതെ നമുക്ക് നാമത്തോട് താതാത്മ്യം ഇല്ലാതാവാൻ നാമത്തോടുള്ള താതാത്മ്യം രൂപത്തോടുള്ള താതാത്മ്യം ഇതാണല്ലോ നാമരൂപങ്ങളോടുള്ള താതാത്മ്യമൊക്കെ ഇല്ലാതാക്കാൻ പല സാധനാക്രമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അതാണല്ലോ ഗുരുനാഥൻ പേരൊക്കെ മാറ്റുന്നത് പേരിനോടുള്ള താതാത്മ്യം മാറി അല്ലെങ്കിൽ മാറണം അങ്ങനെ ഇരിക്കുമ്പോ പുതിയ പേരിനോട് താതാത്മ്യം വരാം അപ്പൊ ഗുരുനാഥൻ വീണ്ടും പേര് മാറ്റും അങ്ങനെയാ പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ പേര് ആർക്കുള്ളതാണ് ഒന്നും കൂടി ചോദ്യം ഈ പേര് ആർക്കുള്ളതാണ് ദേഹത്തിനുള്ളതാണ് ഇപ്പൊ സ്വാമി ചിദാനന്ദപുരി എന്ന് ഗുരുനാഥൻ പേരിട്ടെങ്കിൽ അത് ഈ ദേഹത്തിനുള്ളതാ ദേഹത്തെ കണ്ട് തിരിച്ചറിയാനുള്ളതാ അവിടെയും ദേഹബുദ്ധിയാ ഉറപ്പിക്കുന്നത് ദേഹസംബന്ധിത്വമുള്ള നാമം മാറ്റി ദേഹസംബന്ധിത്വമുള്ള രൂപത്തിൽ പല മാറ്റങ്ങളും വരും ശരിയാണ് പക്ഷെ ദേഹത്തിൽ വീണ്ടും തുടരാം അതുകൊണ്ട് ഇത് കേവലം മജ്ജാസ്റ്റി മാംസമല മൂത്രപാത്രമാണെന്നറിയുക വേറൊന്നുമല്ല ഇതൊരു വാഹനമാണ് നല്ല വാഹന മനുഷ്യ ശരീരം വളരെ ഉത്കൃഷ്ടമാണ് അതിന് സംശയമൊന്നുമില്ല എപ്പോ ജ്ഞാനാർജനത്തിന് ഉപകരിക്കുന്ന ഒരു ഉപകരണം എന്ന നിലയ്ക്ക് നോക്കുമ്പോ ഉത്കൃഷ്ടമാണ് അല്ലാണ്ട് മനുഷ്യദേഹത്തിനും എന്തായാലും കേമത്വം ഉള്ള ഒരു കേമത്വം ഇല്ല ആശ്രമത്തിൽ സ്ഥിരമായിട്ട് എപ്പോഴും ഉണ്ടാവണ ഒരു സ്വാമിയാർ എപ്പോഴും വരും രണ്ട് കൊല്ലായിട്ട് അവിടെ തന്നെയാണ് മറ്റേ ഇടയ്ക്കിടയ്ക്ക് വരും പോവും അങ്ങനെയായിരുന്നു രണ്ട് കൊല്ലായിട്ട് അവിടെ തന്നെയാണ് അപ്പൊ തീരെ വയ്യ നല്ല നല്ലൊരു ഉച്ചക്ക് പോകുന്നതാണ് ഉറപ്പിച്ചതാ പോണില്ല എന്താപ്പൊ ചെയ്യുക പ്രാണം പോണില്ല പ്രദേശത്താരും നിക്കില്ല ദുർഗന്ധം കൊണ്ട് ഉള്ള് മുഴുവൻ പഴുത്തിരിക്കുക ഉള്ളു മുഴുവൻ പഴുത്തിരിക്കുക കൈ മരിച്ചു കാലു മരിച്ചു ഒക്കെ മരിച്ചു പക്ഷെ പ്രാണം പോണ്ടേ രണ്ട് കയ്യും മരിച്ചു രണ്ട് കാലും മരിച്ചു മറ്റെല്ലാ ഭാഗങ്ങളും മരിച്ചു ആള് മരിച്ചിട്ടില്ല എന്താപ്പ ചെയ്യാം അതാണ് സ്തുതി അദ്ദേഹം വലിയ വൃത്തിയാ ഞങ്ങളൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഞങ്ങൾ ഇരിക്കുന്ന പോലെ ഇരിക്കില്ല അദ്ദേഹത്തിന് എപ്പോഴൊരു തുണി ഉണ്ടാവും ആ തുണിയെ നാട് വിരിച്ച് അതിലേ ഇരിക്കുള്ളൂ അതെപ്പോഴും അലക്കി വെടിപ്പാക്കി അങ്ങനെ വെച്ചു വൃത്തിയും വെടിപ്പും എന്താ വൃത്തിയും വെടിപ്പും ഇത്ര ഒരു മനുഷ്യനെ കാണില്ല ഇപ്പോഴോ എന്താ ജനങ്ങൾ അടുത്ത് പോവാൻ മടിക്കും ആ അവസ്ഥയിലാണ് എല്ലാ പരിചരണവും നൽകുന്നുണ്ട് അത് വേറെ വിഷയം നമുക്കാവണതൊക്കെ നമ്മൾ നൽകണ്ട സാധിക്കണതൊക്കെ നൽകുന്നുണ്ട് ആശുപത്രിയിൽ അവരും നല്ലപോലെ നോക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല സ്ഥിതി നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല എപ്പ ഓർമ്മ ഉണ്ടാവില്ല ബാക്കി പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ ദേഹമാകുന്നു ഞാനെന്നുള്ള വെറുതെ പിടിത്തൊന്നും വിചാരിക്കേണ്ട ഇത് ഉപകരണം എനിക്ക് ജീവിതയാത്ര ചെയ്യാനുള്ള ഉപകരണം ഇങ്ങനെ നന്നായി കൊണ്ടുപോകണം വെള്ളം വേണ്ടത്ര കൊടുക്കണം ഭക്ഷണം വേണ്ടത്ര കൊടുക്കണം വേണ്ടാ ദിനങ്ങളിലൊന്നും പ്രവർത്തിക്കരുത് ഒക്കെ നല്ലപോലെ പെരുമാറിക്കോളൂ എന്നിട്ട് ഈ വാഹനത്തെ കണ്ടീഷനാക്കി വെച്ചിട്ട് കൊണ്ടുപോയിക്കോളൂ അതിൽ കവിഞ്ഞത് ഞാനാണെന്ന് വെറുതെ വിചാരിക്കേണ്ട ദേഹോഹം അതിരുച്യതം ശ്രദ്ധിക്കാം സർവോപരി സാധനാക്രമത്തിൽ ജീവിക്കുമ്പോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശമാണ് ബുധജനയർ വാദ പരിത്യജ്യതാം ബുധജനൈഹി ബുധജനങ്ങളുമായിട്ട് വിദ്വാൻമാരുമായിട്ട് വാദത്തെ ഉപേക്ഷിക്കണം ആദ്യം പറഞ്ഞില്ലേ ഇത് ദുസ്തർക്കത്തിൽ പോവരുതെന്ന് ദുസ്തർക്കത്തിൽ പോവരുത് നേരത്തെ പറഞ്ഞു ശരിയാ അത് കഴിഞ്ഞു ശാസ്ത്രാനുസൃതമായി തർക്കം ചെയ്യാൻ പറഞ്ഞു ഗർവം ഉപേക്ഷിക്കാൻ പറഞ്ഞു ദേഹോഹം ബുദ്ധി ഉപേക്ഷിക്കാൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെയായാലും നമുക്ക് അനേകം വിദ്വാൻമാരുമായി ബന്ധപ്പെടേണ്ടി വരും ലോകത്തിൽ ജീവിക്കുമ്പോൾ അപ്പൊ വിദ്വാൻമാരുമായിട്ടുള്ള വ്യവഹാരം എങ്ങനെയായിരിക്കണം ഒരു സാധകന്റെ വ്യവഹാരം എങ്ങനെയായിരിക്കണം പറയാണ് ബുദ്ധജനൈഹി വാദ പരിത്യജ്യതാം വിദ്വാൻമാരുമായി വാദം ചെയ്യാൻ പാടില്ല ആരുമായിട്ടും വാദത്തിൽ പോയിട്ട് കാര്യമൊന്നുമില്ല വാദോനാവലംബ്യ വാദത്തെ അവലംബിക്കാൻ പാടില്ല അത് വേറെ വിഷയം പക്ഷെ വിദ്വാൻമാരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത്ര വരെ ഭാഷ്യകാരം പറയുന്നുണ്ട് കേട്ടോ അവരുടെ മുമ്പില് ശ്വാസം കഴിക്കരുതെന്ന് വിദ്വാൻമാരുടെ മുമ്പിൽ പ്രശ്വാസം അഭിനുയാത് പ്രശ്വാസം പോലും ചെയ്യരുതെന്ന് അല്പം ശബ്ദത്തോടുകൂടി വിശ്വാസമുണ്ടല്ലോ അത് പോലും പാടില്ല അട്ടക്കി പിടിച്ചു തന്നോളണം ചന്ത എന്താ അവർ പറയുക എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇത് പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും നമ്മൾ സത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിവുകൾ വിദ്വാന്റെ മുമ്പിൽ വിളമ്പാനാണ് ഉപയോഗിക്കുക അതെ പലപ്പോഴും ചോദിക്കുന്നത് പോലും അറിയിക്കാനായിരിക്കും അറിയാനായിരിക്കില്ല ഇവിടെയാണ് പറയുന്നത് വാദം പരിത്യജിക്കണം ബുധജനൈഹി വാദം പരിത്യജിക്കണം അവരെന്താ പറയുന്നത് എന്ന് കേൾക്കാൻ മാത്രമേ നമ്മൾ പരിശ്രമിക്കാവൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മറ്റൊന്ന് വിദ്വജ്ജനങ്ങളുമായി നമ്മൾ പല വിഷയങ്ങളും ചർച്ച ചെയ്യും സ്വാഭാവികമായിട്ട് ജിജ്ഞാസുക്കളാവുമ്പോ ചർച്ച ചെയ്യും ചർച്ച ചെയ്യണം വിദ്വാൻമാരോടല്ലാണ്ട് പിന്നെ അജ്ഞാനിയോട് ചർച്ച ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചർച്ച ചെയ്യുമ്പോ പല പ്രക്രിയാ ഭേദങ്ങളുണ്ടാവും ആത്യന്തികമായ സാരത്തിൽ ഭേദമില്ലെങ്കിലും വേദാന്ത ശാസ്ത്രത്തിലായാലും തത്വവിചാര പ്രകാരത്തിലായാലും പല പ്രക്രിയകളെ പലരവലംബിച്ചിട്ടുണ്ടാവും ഇപ്പൊ തന്റെ ഗുരുനാഥൻ തനിക്ക് തന്ന ഒരു ദിശ തന്റെ ഗുരുനാഥനിൽ തനിക്കുള്ള ബഹുമാനം അതോടുകൂടി ജീവിക്കുന്ന സന്ദർഭത്തിൽ തദ്ഭിന്നമായൊരു ഒരു ക്രമം മറ്റേ ആചാര്യൻ പറയുമ്പോൾ ബുദ്ധജനം പറയുമ്പോൾ ഏഹ് ഇങ്ങനെയല്ലോ അതിങ്ങനെയാണല്ലോ എന്ന് തർക്കിക്കാനുള്ളൊരു ഒരു പ്രവണത ഉള്ളിൽ വരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്കൊരു സമ്പ്രദായത്തിന് കിട്ടേണ്ടതാ അല്ലാണ്ട് ഇത് പുസ്തകം പഠിച്ചാൽ കിട്ടുന്നതല്ല ഇതൊക്കെ ഒരു ഗുരുനാഥന്റെ അടുത്ത് താമസിച്ച് പഠിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാത്രമേ ഇത്തരം ശീലങ്ങൾ കിട്ടൂ കാരണം നമ്മളെ ഗുരുനാഥൻ നമുക്ക് തന്ന രീതിയിലല്ലാതെ വേറൊരാചാര്യം പറയുമ്പോൾ നമുക്ക് ഏയ് ഇത് ശരിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വാദത്തിനുള്ളൊരു വാസന വരാൻ സാധ്യതയുണ്ട് പാടില്ല ബുധജനങ്ങളുമായി വാദത്തിന് പോകാൻ പാടില്ല വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോ നമ്മുടെ ധാരണകൾ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് ഭിന്നമായിട്ടൊരു ആചാര്യൻ പറഞ്ഞു എന്ന് വരും നമ്മളോട് ഇവിടെ രണ്ടേയുള്ളൂ ചിന്തിക്കേണ്ടത് ഒന്ന് ആ ആചാര്യൻ വിദ്വാനാണെന്ന് നാം മാനിക്കുന്നുവോ ഇല്ലയോ ചോദ്യം രണ്ട് സാധ്യത ഒന്ന് അദ്ദേഹം അവിദ്വാനാണെന്നാണ് നമ്മൾ മാനിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം വിദ്വാനാണെന്നാണ് നമ്മൾ മാനിക്കുന്നത് അവിദ്വാനാണെങ്കിൽ അദ്ദേഹത്തിനോട് ഞാൻ എന്തിനാ ബാധിക്കാൻ പോകുന്നത് അയാൾ നേരെയാക്കാൻ എനിക്ക് കഴിയുക കാരണം അയാൾ അറിയപ്പെടുന്ന ഒരു ഗുരുനാഥനാണ് അയാൾ നേരെയാക്കാൻ എനിക്ക് കഴിയില്ല അയാൾ വിദ്വാനാണെങ്കിൽ പിന്നോട് ഞാൻ എന്തിനാ അർഹിക്കുന്നത് അയാൾ പറഞ്ഞത് കേക്കല്ലാണ്ട് രണ്ടായാലും വാദത്തിൻ്റെ ആവശ്യമില്ല ഇത് ചിന്തിക്കേണ്ടതാണ് ഇത് വ്യക്തമാണല്ലോ ഇത് വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മഹാത്മാവിനെക്കുറിച്ച് നമ്മുടെ സങ്കല്പുണ്ടാവും അതിന് വിരുദ്ധമായിട്ടോ വിപരീതമായിട്ട് ഒരു ബുധൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല എങ്ങനെയാട്ടോ നമുക്ക് തർക്കിക്കാൻ പോണ്ട ആവശ്യമില്ല നമ്മൾ കേൾക്കുന്നു സന്തോഷം അതുകൊണ്ട് ഒരു മേഖലയിലായാലും ബുധജനങ്ങളുമായി വിദ്വജ്ജനങ്ങളുമായി വാദത്തിന് പോകാൻ പാടില്ല ചിലർ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വാദ സാധ്യത ഉണ്ടാക്കും ചില വിദ്വാൻമാർ ഒരു അങ്ങേറ്റം അങ്ങേറ്റം ആഴത്തിൽ പോയ വിദ്വാൻമാരായിരിക്കും പക്ഷേ സാധകന്മാരുമായിട്ട് തർക്കത്തിനുള്ള സാധ്യത അവരുണ്ടാക്കും എങ്ങനെയായവൻ സമ്പ്രദായ ശുദ്ധിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞതിന് ഏതെങ്കിലും വിദ്വാൻ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയരുത് എന്നല്ല പറഞ്ഞത് അവിടെ വ്യക്തമായ ഭാഷയിൽ മറുപടി പറയേണ്ടതാണ് പക്ഷേ വാദത്തിന് പോവാൻ പാടില്ല വ്യക്തമാണല്ലോ സാധകന് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് ബുധജനൈഹി വാദപരിത്യജ്യതാം ബുധജനങ്ങളുമായിട്ട് വിദ്വാൻമാരുമായിട്ട് വാദം ഉപേക്ഷിക്കണം അങ്ങനെ പോവരുത് വൈകാരിക ഭാവത്തെയാണ് ഉണ്ടാക്കുന്നത് വാദം എപ്പോഴും ഒരു ഒരു വിചിക് അങ്ങനെ വിജയിക്കണം എന്നുള്ളൊരു ഒരു ഒരു ഇച്ഛയാണ് വാദത്തിൽ ഉണ്ടാവുന്നത് അവിടെ ശാന്തി അല്ല ഉണ്ടാവുന്നത് അതുകൊണ്ട് വിദ്വജനങ്ങളുമായി വാദത്തിന് പോകരുത് അവിദ്വജനങ്ങളുമായിട്ട് വാദത്തിന് പോകാമോ അവിദ്വജനങ്ങളുമായിട്ട് വാദത്തിന് പോകേണ്ട ആവശ്യം എന്ത് കണ്ടുമില്ല അതുകൊണ്ട് ആരുമായിട്ട് ഈ വാദത്തിനൊന്നും പോണ്ട ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ വിചാരിക്ക ശങ്കരാചാര്യൊക്കെ വാദത്തിനല്ലേ പോയിട്ടുള്ളത് ശങ്കരാചാര്യരൊക്കെ പല പല പക്ഷികളുമായിട്ട് വ്യത്യസ്ത ദാർശനികരുമായി വാദം ചെയ്തിട്ടല്ലേ സർവജ്ഞപീഠം കയറിയിട്ടുള്ളത് ആയിക്കോട്ടെ അപ്പൊ പിന്നെ വേദാന്തപക്ഷം ആശ്രയിക്കുന്ന ഒരു വാദത്തിന് പൂണ്ടേ ശങ്കരാചാര്യർ പോയിക്കോട്ടെ ഇത് സാധകനുള്ള ഉപദേശമാണ് സിദ്ധനുള്ള ഉപദേശമല്ല ഒരാൾ എവിടെ ചെന്നാലും എവിടെ എത്തിയാലും ഒരു മാറ്റം ഇല്ലാത്ത അവസ്ഥയിലേക്ക് സ്വയം ഉയർന്നിട്ടുണ്ട് അയാൾ എന്താ ചച്ച ചെയ്തോട്ടെ നമുക്കെന്ത് വേണം അയാൾ എന്ത് ചെയ്താലും വിരോധമില്ല ഇത് സാധകനുള്ള ഉപദേശമാണ് സിദ്ധന്റെ ലക്ഷണമല്ല ഈ പറയുന്നത് രണ്ടും രണ്ടാണ് ആരുക്ഷോർ മുനേർ യോഗം കർമ്മകാരണം ഉച്ചത് യോഗാരൂഢ്യത്യവ ക്ഷമക്കാരണം ഉച്ചിയത് യോഗാരൂഢനായി കഴിഞ്ഞാൽ ശമമാണ് ഇതിനൊന്നുമില്ല അവന് നിയമങ്ങളൊന്നുമില്ല പക്ഷെ ആരുരുക്ഷുവാണെങ്കിൽ ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവനാണെങ്കിൽ അവന് ക്രമമുണ്ട് അവന് സാധനാക്രമമുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പലപ്പോഴും നമ്മൾക്ക് തെറ്റു വന്നു പോകുന്ന വിഷയമാണ് രണ്ട് വിദ്വാൻമാരുമായിട്ട് എന്തെങ്കിലും വാദമുണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പോഴാണ് ഒരു വിദ്വാന്റെ ശിഷ്യൻ അവിടെ എത്തുന്നത് അപ്പൊ തന്റെ ഗുരുനാഥൻ അനുകൂലമായിട്ട് താനും വാദത്തിൽ പങ്ക് ചേർന്നാൽ ആ രണ്ട് വിദ്വാൻമാരും അതിനനുമോദിക്കുകയില്ല അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് വാക്യാഥശ്ച വിചാര്യം ശ്രുതിശിരപ്പക്ഷ സമാശ്രീയതാം ദുസ്തർക്കാസു വിരമ്യതാം ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം ബ്രഹ്മൈവാസ്മി വിഭാവ്യതരഹർഗരിത്യജ്യതാംഹോഹം അതിരുച്യതാം ബുധജനൈർവാദ പരിതജ്യതൊക്കെ സാധനാക്രമങ്ങളാണ് ഓരോന്നും സാധനയാണ് ധനയുടെ ഓരോ പടിയാണ് നാൽപ്പത് പടികൾ ഓരോ പടിയാണ് ഓരോ പടി കയറുന്നതിനനുസരിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട് പോവുകയായി സാധന ഇല്ലാതാവുന്നത് വരെ സിദ്ധസ്ഥിതിയിൽ സാധനയില്ല പിന്നെ സാധന സാധകനെ പോലെ അഭിനയിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം അവൻ ആത്മാരാമനായി കൃതാർത്ഥനായി തീരുന്നു ആ കൃതാർത്ഥതയിലേക്ക് ഉയരുന്നത് വരെ പടികളിലൂടെ കയറുക തന്നെ വേണം ശ്രദ്ധിക്കുക പിന്നെ അങ്ങനെ ജീവിക്കുമ്പോ മനനം ചെയ്ത് ബ്രഹ്മൈവാസ്മി എന്ന് വിഭാവന ചെയ്ത് അല്ലെങ്കിൽ സ്വയം ശ്രുതിമതമായ തർക്കത്തെ ഉള്ളുകൊണ്ട് അനുസന്ധാനം ചെയ്ത് കഴിയണമെന്ന് പറഞ്ഞു അങ്ങനെ സാധനാക്രമത്തിൽ ജീവിക്കുമ്പോൾ ശരീരമുണ്ട് ഈ ശരീരത്തിലാണ് കഴിയുന്നത് പ്രാരബ്ധക്ഷയം വരെ ശരീരമുണ്ടാവും മാത്രവുമല്ല തത്വവിചാരത്തിനുള്ള വാഹനമാണ് ശരീരം സാധകനെ സംബന്ധിച്ച് തന്റെ തത്വവിചാരത്തിനുള്ള വാഹനമാണ് ശരീരം അതുകൊണ്ട് ശരീരം മുഖ്യമാണ് ശരീരം ഞാനല്ല എന്ന് നേരത്തെ പറഞ്ഞു ഞാനല്ലെങ്കിലും അതിനെ വേണ്ട പോലെ പരിപാലിക്കണ്ടേ വേണം നമുക്കൊരു കാറുണ്ടെങ്കിൽ നമുക്കൊരു കുതിരവണ്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാഹനം ഉണ്ടെങ്കിൽ അത് ഞാനല്ലാന്നറിയാം എന്നാലും അതിനെ വേണ്ട കണ്ടീഷനിൽ നിലനിർത്തണം അതിനെ കഴുകണം അതിനെ ഓയിൽ ഇടണം അതിനെന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ ശരീരത്തെയും വേണ്ടതുപോലെ പരിപാലിച്ചോളണം നിർബന്ധമാണ് അതാണ് പറയുന്നത് ക്ഷുവ്യധിശ്ചികിത്സതം പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യത സ്വാധാചാ പ്രാപ്യത ശീതോഷ്യതം നു വൃഥാ വാക്യം സമുച്ചയത ഔദാസീമീതം ജനകൃപൈഷ്ടൂര്യമുസൃജ്യത ക്ഷുദ്വ്യധിശ്ചികിത്സ്യതം പ്രതിദിന ഭിക്ഷൗഷധം ഭുജ്യത സ്വത്വന്നു യാച്യതം വിധിവാ സന്തുഷ്യതം മുറിച്ചിട്ടൊന്ന് ചെല്ലട്ടെ വിധിവേ നഷ്യതീതോഷ്യത വൃഥാകം സമുച്ചയത ഔദാസീമീത ജനകൃപാനൈര്യമുസൃത ക്ഷുദ്വ്യാധിശ്ചികിത്സ്യം കഷുത് വിശപ്പധി രോഗം ചണ്ടിനനേയം ബിശപ്പിനെയും രോഗത്തെയും ചികിത്സിയതാം ചികിത്സിക്കണം രോഗം ദേഹത്തിന് വന്നാൽ അത് ചികിത്സിക്കണം ബിശപ്പ് ദേഹത്തിന് വന്നാൽ ചികിത്സിക്കണം ക്ഷു വ്യാധിരേവ വിശപ്പ് എന്ന് പറഞ്ഞാൽ വ്യാധിയാണ് ചികിത്സിക്കണം വിശപ്പാകുന്ന വ്യാധിയെ ചികിത്സിക്കണം ഇപ്പൊ വിശപ്പാകുന്ന വ്യാധിയെ ചികിത്സിക്കണം അല്ലെങ്കിൽ വിശപ്പും വ്യാധിയും ചികിത്സിക്കണം ശ്രദ്ധിക്കുക വിശപ്പ് ഒരു വ്യാധിയാണ് വ്യാധിക്ക് ചികിത്സ ഔഷധ സേവനമുണ്ട് ഔഷധം മാത്രയിലാണ് കഴിക്കുന്നത് ആ മാത്രയിലല്ല ഒരു രോഗം വന്നോ വൈദ്യര് പറഞ്ഞൊരു കഷായം കുടിച്ചോളൂ ഒരു കുപ്പി കഷായം തന്നു ഒരു മാസത്തേക്ക് ഓ എന്നാ വേഗം മാറിക്കോട്ടെ വിചാരിച്ചിട്ട് അത് അങ്ങനെ കുടിക്കൽ പതിവില്ല അതില്ല മാത്രയിൽ കഴിക്കണം ഇതുപോലെ വിശപ്പാകുന്ന രോഗം മാറുന്നതിനുള്ള ഔഷധമാണ് ഭക്ഷണം അത് മാത്രയിൽ കഴിക്കണം അത് നമുക്ക് അടുത്ത വാക്യം പറയുമ്പോൾ ശരി വിസ്തരിച്ച് പറയാം എന്തായാലും ഇപ്പം മനസ്സിലാക്കുക വിശപ്പും രോഗവും ദേഹത്തിന് വരുമ്പോൾ ചികിത്സിക്കണം ഞാൻ ചികിത്സിക്കില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല കാരണം ഇതൊരു വാഹനം മാത്രമാണ് ഈ ഇത് പഞ്ചഭൂതങ്ങളുടെ സംഘാതമാണ് ഭൂതസംഘാതമായതുകൊണ്ട് ചേർത്ത് വെച്ചതിനൊക്കെ തന്നെ തകരാറ് വരും അഞ്ചു ഭൂതങ്ങളെ ചേർത്ത് വെച്ചിരിക്കുക എന്ത് ചേർത്ത് വെച്ചിട്ടുണ്ടോ അതിനൊക്കെ തകരാറുകൾ വരും അതിടയ്ക്കിടയ്ക്ക് ഒന്ന് ഉറപ്പിക്കുകയും പിടിപ്പിക്കുകയും ഒക്കെ വേണ്ടി വരും ഏത് യന്ത്രമായാലും വേണ്ടതുപോലെ സർവീസ് ചെയ്യണം അത് എത്ര കണ്ട് നമ്മൾ ഈ വ്യവഹാരം ചെയ്യുന്നുണ്ടോ ദേഹം കൊണ്ട് അതിനനുസരിച്ചൊക്കെ അതിൽ തീരുമാനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആർക്കായാലും രോഗങ്ങൾ വരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആർക്കായാലും രോഗങ്ങൾ വരും സാധകന് രോഗം വരില്ല എന്ന് വിചാരിച്ചാൽ തെറ്റ് സാധക ഭാവത്തിൽ കഴിഞ്ഞ് സിദ്ധനായ മഹാപുരുഷന് രോഗം വരില്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും ലോകത്തിൽ അറിയപ്പെടുന്ന പല വിജ്ഞാനികളായ മഹാപുരുഷന്മാരും സാമാന്യ ലോക നിലവാരത്തിൽ ചിന്തിച്ചാൽ അതികഠിനങ്ങളായ സാധനാക്രമങ്ങളിലൂടെ ഒരു ഘട്ടത്തിൽ കടന്നു വന്നവരാണ് ഒരു ഘട്ടത്തിൽ അവരുടെ പ്രാഥമിക ഘട്ടങ്ങളില് ആ സാധനാക്രമം ഏൽപ്പിച്ച് ഒരുപാട് പീഡകൾ ദേഹത്തിനുണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് അതിമാരകങ്ങളായ രോഗങ്ങൾ ദേഹത്തിന് വരും പക്ഷെ സാമാന്യ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല അവര് പറയും കണ്ടോ അയാൾ വലിയ വിജ്ഞാനിയേറ്റായൊക്കെ രോഗം വന്നല്ലോ അല്ലെ ദേഹത്തിന് രോഗം വരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം എത്രയോ വിദ്വാൻമാരെ കൂടെ താമസിച്ചിട്ടുള്ള ആൾക്കാർ പോലും തങ്ങളുടെ ഗുരുനാഥന് രോഗം വന്നപ്പോ അയ്യയ്യ ഇത് ഗുരു എന്നും അല്ലാന്ന് തോന്നുന്നു ഇയാള് രോഗം വന്നിട്ടുണ്ട് വിവേകാനന്ദ സ്വാമികൾക്ക് നൂറുകൂട്ടം രോഗങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് അന്തരംഗ ശിഷ്യന്മാർ പിന്മാറിയിട്ടുണ്ട് പിന്നീട് സ്വാമിയായിട്ട് ബന്ധം വിച്ഛേദിച്ചു ജീവിതചരിത്രത്തിലുള്ളതാണ് അയാൾക്ക് പല രോഗങ്ങളാണ് എന്ത് ഇയാൾ യോഗിയല്ല ഇയാൾ രോഗിയായിരിക്കുന്നു രോഗിയായതുകൊണ്ടിയാൽ രോഗിയല്ല ഒരുപാട് പേര് വിട്ടിട്ടുണ്ട് വിട്ടവരുള്ള പ്രധാനികളുടെ ലിസ്റ്റ് വേണമെങ്കിൽ തരാം കുറേ പ്രധാനികളുണ്ട് വളരെ അടുത്തിടെ പഴങ്ങിയവർ ഇതുപോലെ പല ആചാര്യന്മാരുടെയും അതുകൊണ്ട് ഏതൊരാൾക്കും ഏതവസ്ഥയിലുള്ള ആൾക്കും ദേഹത്തിന് രോഗം വരാം വന്നണ്ട ചെയ്യേണ്ടത് ചികിത്സിക്കണം അതിനാണ് ശാസ്ത്രം ഋഷീശ്വരന്മാർ ശാസ്ത്രം തന്ന കൂട്ടത്തിൽ ആയുർവേദം തുടങ്ങിയവ തന്നിട്ടുണ്ട് ഇവിടെ ശാസ്ത്രത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് പ്രാചീന ശാസ്ത്രം ആധുനിക ശാസ്ത്രം എന്നൊന്നും വേർതിരിക്കാൻ പാടില്ല അതിനേക്കാൾ വിഡിത്വമുണ്ട് ഈസ്റ്റേൺ സയൻസ് വെസ്റ്റേൺ സയൻസ് എന്നൊക്കെ ഇത്ര വലിയ വിഡ്ഢിത്വം വേറെയില്ല സയൻസിന് ഈസ്റ്റും വെസ്റ്റൊന്നുമില്ല സയൻസ് സയൻസ് അത്രയേ ഉള്ളൂ ശാസ്ത്രം ശാസ്ത്രം അതിന് ക്രമാനുഗതമായൊരു നൈരന്തര്യമാണ് ശാസ്ത്രത്തിനുള്ളത് ഇന്നലകളിൽ കടന്നുപോയ ആചാര്യന്മാരുടെ കണ്ടെത്തലുകള് ഇന്നത്തെ ശാസ്ത്രകാരന്മാരുടെ വിചാരത്തിന്റെ അടിത്തറയാകുന്നു അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു അതിൽ ഈസ്റ്റേൺ വെസ്റ്റേൺ അതുപോലെ പ്രാചീന പ്രിമിറ്റീവ് സയൻസ് മോഡേൺ സയൻസ് ഒന്നുമില്ല പറയുന്നത് യോജിപ്പില്ല നമുക്ക് ഒട്ടും യോജിപ്പില്ല ശാസ്ത്രത്തിനൊരു നൈരം തന്നെയുണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തും ഏത് കാലത്തിലായാലും അതിൽ യുക്തിസഹമായത് നമുക്ക് ആശ്രയിക്കാം അവിടുന്ന് മുന്നോട്ട് പോയിക്കോളും മുന്നോട്ട് പോയിക്കോളൂ അങ്ങനെ നോക്കുമ്പോഴാണ് അത്ഭുതകരമായുള്ള പഴ പല പല ആചാര്യന്മാരുടെ വെളിപ്പെടുത്തലുകളെയും നമുക്ക് പരിചയപ്പെടാനും അവയുടെ മഹിമയെ അനുഭവിക്കാനും സാധിക്കുക ഇന്ന് പലപ്പോഴും നമുക്ക് കണ്ടുവരുന്ന വലിയൊരു പ്രശ്നം ഒരു സമ്പ്രദായത്തിൽ പോകുന്നവർ മറ്റൊരു സമ്പ്രദായത്തോട് അവജ്ഞാപാനിക്കുന്നു വളരെയധികമുണ്ട് വളരെ നിപുണന്മാരും വിദ്വാൻമാരുമായ ഒരുപാട് വൈദ്യന്മാര് ആയുർവേദജ്ഞന്മാര് അവര് തീർത്തും അലോപ്പതി സമ്പ്രദായത്തെ നിന്ദിക്കുന്നു എത്രയോ അലോപ്പതി സമ്പ്രദായത്തിൽ പോകുന്ന പ്രഗത്ഭന്മാരായ ഡോക്ടർമാര് പ്രൊഫസർമാര് അവരായുർവേദത്തെ നിന്ദിക്കുന്നു രണ്ടു കൂട്ടും വിവരമില്ലാത്തോണ്ടാണ് വിവരുണ്ടെങ്കിൽ ഒരിക്കലും പൂർവാചാര്യന്മാരെയോ ഒരു ശാസ്ത്രത്തെയോ നിന്ദിക്കില്ല മറിച്ച് ആ ശാസ്ത്രത്തിലൂടെ അവർ കണ്ടെത്തിയ മഹിമ അതിനെ തിരിച്ചറിയാൻ സാധിക്കണം നമ്മൾ അപഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവരും അപഗ്രഹിച്ചോളന്നും ഓരോ ശാസ്ത്രത്തിനും അതിന്റെ സമ്പ്രദായം ഉണ്ട് ആ സമ്പ്രദായത്തെ നമ്മൾ പഠിക്കണം ഈ കാഴ്ചപ്പാട് ലോകത്തിനുണ്ടാവേണ്ട കാലം അതിക്രമിച്ചു ഏറ്റവും വലിയ വിഡിത്തം പല സ്ഥലത്തും ഹോളിസ്റ്റിക് എന്നുള്ള രീതിയിലൊക്കെ പല സമ്പ്രദായങ്ങളെ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ആശുപത്രികളും ചികിത്സാ കേന്ദ്രങ്ങളും ഉണ്ട് പക്ഷെ അതിന്റെ ഉള്ളിൽ പോയി പഠിച്ചാൽ അത്യാബദ്ധ തോന്നുക കാരണം അത് ഹോളിസ്റ്റിക് അല്ല അത് ക്ലസ്റ്ററാണ് അല്ല ആയുർവേദം ഉണ്ടാവും ഹോമിയോ ഉണ്ടാവും അല്ലെങ്കിൽ എലാപ്പതി ഉണ്ടാവും യുനാനി ഉണ്ടാവും പക്ഷെ ഹോളിസ്റ്റിക് അപ്രോച്ച് ഇല്ല ഒരു ക്ലസ്റ്ററാണ് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ പറയണം അത് ശരിയല്ലായിരുന്നു അവിടെ സമഗ്രമായ വീക്ഷണമെന്ന് പറഞ്ഞാൽ ഏത് സമ്പ്രദായത്തിൽപ്പെട്ട ഏത് പ്രദേശത്ത്പ്പെട്ട ഏത് കാലത്തിൽപ്പെട്ട ആചാര്യനായാലും മഹനീയമായ കണ്ടെത്തലുകളെ ഞാൻ സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ആ ഒരു സമീപനം നമുക്ക് എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഈസ്റ്റേൺ സയൻസ് എന്നോ വെസ്റ്റേൺ സയൻസൊന്നോ ഇല്ല അല്ലെങ്കിൽ പ്രിമിറ്റീവ് സയൻസ് എന്നോ മോഡേൺ സയൻസ് എന്നോ ഇല്ല ഉണ്ടെന്ന് ആര് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല ശാസ്ത്രത്തിനൊരു നൈരന്തര്യമുണ്ട് ഈ ശാസ്ത്രം അത്തെ അനുസരിച്ചുകൊണ്ട് നീ ചികിത്സിക്കൂ ഏത് രീതിയും നമുക്കാവാം യുക്തിയെ കൈവെടിയരുത് ഇത് ചിന്തിക്കുക വളരെയധികം ചിന്തിക്കേണ്ടുന്ന വിഷയമാണിത് വേദാന്തപരമായി മാത്രമല്ല ഇന്നത്തെ ലോകപരമായിട്ട് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞത് അതുകൊണ്ട് രോഗം ഇവയെ നീ ചികിത്സിക്കൂ അഥവാ വിശപ്പ് ഒരു രോഗമാണ് അതിനെ നീ ചികിത്സിക്കൂ എന്ത് ചെയ്യണം പ്രതിദിനം ഭിക്ഷൌഷം ഭുജ്യതാം പ്രതിദിനം ദിവസവും ഭിക്ഷൌഷധം ഭുജ്യതാം ഭിക്ഷൌഷധത്തെ ഭുജിച്ചാലും നേരത്തെ പറഞ്ഞു നിജഗൃഹ തൂർണം വിനിർഗമ്യതാം സ്വന്തം വീട്ടിൽ നിന്ന് വേഗം പുറത്തു പോയാലും ഇനിയിപ്പോ ചാപ്പാട് കഴിക്കാൻ എവിടുന്നാ ഷാപ്പാട് ഏതെങ്കിലും ഒരു ആത്മജിജ്ഞാസു ഷാപ്പാട് കഴിക്കാണ്ട് മരിച്ചത് കേട്ടുണ്ടോ അതിനറിയില്ല ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ട് ഇപ്പോർട്ട് കേട്ടിട്ടുണ്ട് ചാ പറഞ്ഞുതരാ ഇല്ല ചാപ്പാട് കിട്ടാണ്ട് മരിക്കില്ല എന്ന് മാത്രമല്ല ചാപ്പാട് കൂടുതൽ കിട്ടിയിട്ടുള്ള കുഴപ്പമേ ഉണ്ടാവുള്ളൂ അതെ ചാപ്പാട് കൂടിയിട്ടുള്ള കുഴപ്പമാണ് എവിടെ ചെന്നാലേ ചാപ്പാട് സമി ഒന്ന് കഴിച്ചു പോയിക്കോളൂ സമി ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ അല്ല നിനക്ക് എന്താ പുത്രനിർബന്ധം ഞാൻ കഴിച്ചോളണം എന്നാണ് നിന്ന് കഴിച്ചു പോയിക്കോളൂ സംശയമില്ല അത് ലോക നിയമമാണ് അവിടെ മതഭേദമൊന്നുമില്ല ആര് സത്യാന്വേഷണത്തിന്റെ മാർഗത്തിൽ പോണുണ്ടോ അവർക്ക് ചാപ്പാട് മുട്ടിയിട്ടില്ല മുട്ടുകയില്ല സംശയമില്ലാത്ത വിഷയമാണ് ആ ഭിക്ഷയാണ് അവിടെ ഭിക്ഷൌഷം ഭിക്ഷയായിട്ട് ഔഷധത്തെ ഭുജിച്ചാലും ഭിക്ഷയാകുന്ന ഔഷധത്തെ ഭുജിച്ചാലും ഭിക്ഷ കിട്ടുന്നത് ഔഷധമാണ് ചികിത്സയ്ക്ക് ഔഷധമാണല്ലോ ക്ഷുദ് വ്യാധിയാണല്ലോ അപ്പൊ ക്ഷുദ്ധ വ്യാധിയാവുമ്പോ വ്യാധിക്ക് ഔഷധമാണ് ഔഷധമായിട്ട് കഴിച്ചോള ഭിക്ഷ ഔഷധത്തിന് മധുരം ഉണ്ടെന്ന് വെച്ചിട്ട് കൂടുതൽ കുടിക്കാറില്ല ഔഷധത്തിന് കയ്പാണെന്നുള്ളത് കൊണ്ട് കുറച്ചും കുടിക്കാറില്ല വൈദ്യര് പറഞ്ഞ മാത്രയിലാണ് ഔഷധം കുടിക്കുക അതെ നല്ല മധുരമുള്ളതാണ് എന്നാലും ഒരു ലിറ്റർ ഉടിച്ചളയാം എന്നാലും വിചാരിക്കാറില്ല അതുപോലെ വേണം ഭിക്ഷയാകുന്ന ഔഷധം ഇത് ശ്രദ്ധിക്കണം ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ലേ അതെ അതുകൊണ്ട് ഭക്ഷണത്തിൽ നിയമനം വേണം അമിതാഹാരവും വേണ്ട അൽപ്പാഹാരവും വേണ്ട പ്രാപ്തമാകുന്നത് കഴിച്ചോളാണ് എല്ലാം ഭിക്ഷയായിട്ട് കിട്ടണതാണ് കഴിച്ചോളൂ ഔഷധമായിട്ട് കഴിച്ചോളാം എല്ലാം ഭിക്ഷയായിട്ട് കിട്ടണതാണ്ട് വാരി വെച്ച് കഴിക്കാൻ അതുവഴി ഔഷധമാണ് ഔഷധം മാത്രയിലാണ് അവിടെ വൈദ്യൻ എത്ര മാത്രാന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ ഭക്ഷണ വിഷയത്തിൽ നമ്മുടെ ഉള്ളിലൊക്കെ വൈദ്യനുണ്ട് നമ്മളുള്ളിൽ തന്നെ ഉണ്ട് മതി പറയും പിന്നെ സ്വാദ് കൊണ്ട് കഴിക്കുക ചെയ്യുക അത് രോഗകാരണാവും ഇല്ലേ ഇല്ല അതെ എല്ലാവരുടെ ഉള്ളിലും മാത്രം അറിയാം മതി പിന്നെ സ്വാദല്ലേ ഒരു കഷ്ണം കൂടി കഴിക്കാം മതിന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ആ ഒരു കഷ്ണം കൂടി കഴിക്കാവണം ആ കഷ്ണം ഭാരമാണ് അത് നല്ലതല്ല അതുകൊണ്ട് ഭക്ഷണത്തെ ഔഷധമായി കണക്കാക്കി നീ കഴിക്കൂ ഭിക്ഷൗഷധം ഭുജ്യതം അങ്ങനെ ഭിക്ഷാടനം ചെയ്ത് അന്നം കഴിക്കും നിർബന്ധമാണ് ഭിക്ഷാടനം കുറച്ചെങ്കിലും ജീവിതത്തിൽ ചെയ്യണം എന്നുള്ളത് അഹങ്കാരം ഇതൊക്കെ ഇപ്പൊ നേരത്തെ ശാസ്ത്ര വിചാരം ചെയ്തിട്ടേ ഉള്ളൂ അത് അനുഭവത്തിലേക്ക് വരണമെങ്കിൽ പ്രായോഗികമായിട്ട് ആ മാർഗത്തിൽ ജീവിക്കണം മഹാരാജായിട്ട് ജീവിച്ചാൽ ശരിയാവില്ല സ്വാമി ചിതാനന്ദപുരി മഹാരാജ് ആശ്രമത്തില് ജീവിച്ചുകൊണ്ട് കാര്യമില്ല അതിന് മുമ്പൊരു കറക്കമൊക്കെ കറങ്ങി ഭിക്ഷാടനമൊക്കെ ചെയ്തിരിക്കണം അത് വലിയ കുഴപ്പമാണ് മറ്റേതെന്ന് ഒരുപാട് സ്കോളർമാരുണ്ടാവുകയായിരിക്കാം വേദാന്തം പഠിച്ച് പഠിപ്പിക്കുന്ന ഒരുപാട് സ്കോളർമാരുണ്ടാവും ഇല്ല എന്ന് പറയണില്ല പക്ഷേ ഭിക്ഷാടനത്തിന്റെ മാർഗത്തിലൊക്കെ ജീവിക്കണം ഭിക്ഷാടനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ ഞാനൊരു ആശ്രമമാണ് സാമാന്യം തെറ്റില്ല ചീത്തപ്പേരൊന്നും നാട്ടിലില്ല അപ്പൊ പിന്നെ ഞാനൊരു വീട്ടിൽ പറയായി നാളെ ഞാൻ അവിടെ ഭിക്ഷയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അവരെന്താ ചെയ്യുക പലവിധ സാധനങ്ങളൊക്കെ ഒരുക്കി കാലുകഴുകാൻ വെള്ളം പുറത്ത് വെച്ച് സ്വാമിയെ സ്വീകരിച്ച് ഇരുത്തി കഴിക്കോ കഴിക്കോ പറഞ്ഞ് കഴിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും അത് ഭിക്ഷയല്ല അത് ഭിക്ഷാടനായിട്ട് കൂട്ടില്ലേ അതിന് പോയി പോയി ഇത്ര ഉറുപ്പ്യ വരെ ഉണ്ട് ചിദാന്തപുര സ്വാമി വന്ന് ഭിക്ഷ കഴിക്കണമെങ്കിൽ ഇത്ര ഉറുപ്പ്യ ക്ഷിണ വേണമെന്ന് വരെയുണ്ട് കാലത്തിന്റെ ഒരു പോക്ക അതെ എന്താ അതെ സിദ്ധാന്തപുരസ്വാമി നിങ്ങളെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ രഹസ്യമായിട്ട് ഇത്ര ഉറപ്പ്യ തന്നോളണം നേരിട്ട് തന്നോളണം എന്നില്ല അത് ഏജന്റ് എടുത്ത് കൊടുത്താലും മതി സംശയം ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു തരാൻ ഏജന്റുമാരും കാലത്തിന്റെ ഒരു പോക്ക എന്നല്ലാണ്ട് എന്താ പറയുക വേറൊന്നും പറയല്ല കലിയുടെ വിളയാട്ടം തന്നെ വേറൊന്നുമല്ല അതൊന്നും ഭിക്ഷയല്ല ഭിക്ഷ പറഞ്ഞാൽ അനികേതനായിട്ട് സഞ്ചരിക്കുന്നു സഞ്ചരിക്കുന്ന വഴി വിശപ്പ് വരുന്നു ചോദിക്കുന്നു ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല ചിലപ്പോ ആട്ടിപ്പായിക്കും ചിലപ്പോ സുഖസമൃദ്ധമായത് കിട്ടും പല അനുഭവങ്ങളുണ്ടാവും പറയാൻ പറ്റില്ല അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വരണം അപ്പോഴേ മനസ്സിലാവുള്ളൂ ഞാൻ പഠിച്ചത് എനിക്ക് ഉറച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് അല്ലെങ്കിൽ മനസ്സിലാവില്ല ഈ പഠിച്ചത് ഉറച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇപ്പൊ നമ്മളുള്ളിൽ അസുഖമുണ്ടോ നമ്മളുള്ളത് കുശുമ്പുണ്ടോ നമ്മളുള്ളിൽ ഈഷി ഉണ്ടോ ക്രോധമുണ്ടോ കാമുണ്ടോ എങ്ങനെയാപ്പൊ തിരിച്ചറിയുക സാഹചര്യം വരുമ്പോ അല്ലേ അറിയുള്ളൂ സാഹചര്യം വരാണ്ടരിക്കും പറയോ ഒരിക്കലും അറിയില്ല അതുകൊണ്ട് ഈ പഠിച്ചതായ വിദ്യ എത്ര കണ്ട് തന്നിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ അതിനുള്ള ജീവിതക്രമത്തിലൂടെ മുന്നോട്ട് പോകണം അതുകൊണ്ട് നിർബന്ധമാണ് ഭിക്ഷാടനം ഞങ്ങളൊക്കെ നാളെ ഭിക്ഷയ്ക്ക് പോണെന്നാ പറയണത് നിങ്ങളോടല്ലേ ഈ പറഞ്ഞത് തൂർണം വിനിർഗം യഥാം നിജഗൃഹാദ് എന്ന് പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് പോയിക്കോളണം അങ്ങനെ വീട് വിട്ടവരോടായി പറഞ്ഞതെന്ന് കൂട്ടിയാൽ മതി ഇനി അവനവന്റെ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കണത് ഭിക്ഷയായിട്ട് കഴിച്ചാ നല്ലതാ ശ്രദ്ധിക്കണേ അവനവൻറെ വീട്ടിൽ നിന്ന് അടിവരട്ട് പറയാണ് അവനവന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഭിക്ഷയാണെന്ന് വിചാരിച്ച് കഴിച്ചാൽ നന്നായി വ്യക്തമാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിയോ ആ ശ്രദ്ധിച്ച നല്ലത് ഭാര്യയാണ് എന്റെ ഭർത്താവാണ് അതെനിക്ക് അതൊന്നും നടപ്പില്ല കിട്ടണേ മെച്ച എന്ന് വിചാരിച്ചിട്ട് കഴിച്ചോളൂ തന്നെ എന്താ സംശയം ധാരാളം ധനമൊക്കെ സമ്പാദിക്കാൻ ശേഷിയുണ്ട് എല്ലാം വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല ഭർത്താവിനും അല്ലെങ്കിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും വെച്ചാൽ ഒക്കെ നല്ല സമയത്തിനൊക്കെ കിട്ടി വരും അല്ലെങ്കിൽ കൃത്യ സമയത്തിനാ കിട്ടുക അവർ നിശ്ചയിക്കുന്ന സമയത്തിന് ഇത്ര മണിക്കും എന്നാ കൊടുത്തോളണം അഞ്ചു മിനിറ്റ് കണി അത് കഴിഞ്ഞു പോയാൽ കിട്ടില്ല ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് അവിടെ ഇരിക്കണവർക്കൊന്നും ഇല്ലാട്ടോ പൊതുവെ ലോകത്തിന്റെ ഒരു നിലവാരായി പറഞ്ഞത് അതെ അതുകൊണ്ട് എവിടെന്നാണെങ്കിലും ഭിക്ഷയാണെന്ന് വിചാരിച്ചോളാം ഭഗവാൻ തേരുന്ന അല്ലാണ്ട് തന്നാൽ കഴിക്കാനല്ലാണ്ട് ആർക്കെങ്കിലും സാധിക്കോ ഒരു കോടി രൂപ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് സക്കല സാധനങ്ങളും അരിയും പച്ചക്കറിയും പാചകം ചെയ്യാനുള്ള ഉപഘടകങ്ങളും എല്ലാം വീട്ടിലുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിക്കൊള്ളണം എന്നുണ്ടോ കൈ പൊങ്ങോ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും തൊണ്ടയെക്കൂടെ ഇറക്കാൻ പറ്റുമോ ഇല്ല വിശപ്പുണ്ടാവും കത്തിക്കാളുള്ളത് ഇതൊക്കെ ഒരു സെക്കൻഡ് മതി ഇങ്ങനെയൊക്കെ ആവാൻ അപ്പൊ നമുക്ക് എപ്പം കിട്ടണവും ഭിക്ഷാന്ന് വിചാരിച്ചോളാം ഭഗവാൻ തരുന്ന ഭിക്ഷയാണെന്ന് വിചാരിച്ച് കഴിച്ചോളാം ഓരോ നേരവും ഭക്ഷണം കഴിക്കുമ്പോ ഭഗവാനേ ദാ തന്നു കഴിഞ്ഞു ഈ നേരം തന്നല്ലോ എന്ന് വിചാരിച്ചു കഴിച്ചാ നല്ലത് അപ്പൊ അത് യജ്ഞമായി കഴിഞ്ഞു അല്ല ഞാൻ അത് കഴിക്കും ഞാൻ ഈ വിഭവം കഴിക്കുന്ന ഒന്നും ആരും സങ്കല്പിക്കേണ്ട ഒരു സെക്കൻഡ് വേണ്ട ഇതൊന്നും ഇല്ലാണ്ടാവാൻ ഒരു സെക്കൻഡ് വേണ്ട ആണോ എന്റെ അഭിപ്രായം വേണ്ട ിച്ച നല്ലത് അതുകൊണ്ട് നമുക്ക് എപ്പം കിട്ടണ ഭക്ഷണം ഏത് എന്റെ ഭാര്യ ഉണ്ടാക്കി തരികയാണെങ്കിലും എന്റെ ഭർത്താവ് ഉണ്ടാക്കി തരികയാണെങ്കിലും ഓർമ്മിച്ചോളാം ഭഗവാൻ തരുന്നതാ തന്നാ തിന്നാം തന്നില്ലെങ്കിൽ തിന്നാൻ പറ്റില്ല തന്നു കയ്യിൽ വാങ്ങിച്ചു എന്നാലും എന്നാലും കഴിപ്പിച്ചാലേ കഴിക്കാൻ പറ്റൂ ഈ ഒരു ധാരണ ഒരു നിമിഷം ചിന്തിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാവും ഭിക്ഷൌഷധം ഭുജ്യതം അപ്പൊ അത് എല്ലാരോടുള്ള ഉപദേശ രണ്ട് രീതിയിലും അർത്ഥം പറഞ്ഞു ആദ്യം സന്യാസിക്കുള്ള ഉപദേശ പറഞ്ഞു പിന്നെ എല്ലാവർക്കും ഉള്ള പറഞ്ഞു ശ്രദ്ധിക്കുക അങ്ങനെ ഭിക്ഷാടനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്താണത് സ്വാധ്വന്നം നതുയാച്യതാം സന്യാസിക്കുള്ള നിയമമാണ് എല്ലാവർക്കും നിയമമാണ് ആദ്യം സന്യാസിക്കുള്ളത് പിന്നെ എല്ലാവർക്കും ഉള്ളത് സ്വാധ്വന്നം നതുയാച്യതാം സ്വാതുള്ളന്നം യാചിക്കാൻ പോവരുത് ഭക്ഷണം ചോദിക്കുന്നു തരുമോ അല്ലത് തരണേ സോ അതുള്ള എടുത്തോളൂ കൂട്ടോ അതില്ല എന്താ കിട്ടണവെച്ചാ സന്തോഷം എന്താ കിട്ടണവെച്ചാ സന്തോഷം എന്തൊക്കെ കിട്ടും പറയാൻ പറ്റില്ല തല്ലും കിട്ടും ചെലപ്പോ അതെ പല ജാതി കിട്ടലും കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാന്നുള്ളത് അപ്പൊ കഴിക്കേണ്ടതില്ലാത്തത് തന്നാലോ കഴിക്കണ്ട എണീറ്റ് പോകാലോ സ്നേഹപൂർവ്വം ഇത് ഞാൻ കഴിക്കില്ല കേട്ടോ പറഞ്ഞിട്ട് പിന്നീട് പോവാം യാചിക്കരുത് വ്യക്തമാണല്ലോ സ്വധ്വനം നതുയാ ഒരു സ്ഥലത്ത് എങ്ങനെ ഇരിക്കുന്നു ദശനത്തും വയ്യ ഒന്നിനും വയ്യ ചാപ്പാട് കഴിച്ചിട്ടൊക്കെ കുറെയായി അപ്പോ പരിചയപ്പെട്ട രണ്ടു മൂന്ന് സാമിയന്മാരുണ്ട് ഏ സാമി ഇന്ന സ്ഥലത്ത് സായിമാർക്ക് നല്ല ശാപ്പാട് കൊടുക്കുന്നുണ്ട് ആ പോവാൻ ഇവിടെക്ക് നല്ല ശാപ്പാട് കൊടുക്കുന്നുണ്ട് നല്ല സ്വാദുള്ള ഭക്ഷണ കല്യാണമാണ് കല്യാണത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുകയാണ് സാധുക്കൾക്ക് എന്നാ പോവാലോ ഭക്ഷണം പ്രത്യേകിച്ച് നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പോവാണ് പോയി അപ്പൊ ഇരുത്തിന് കുറച്ചുപേരെ ഇരുത്തി അപ്പുറത്ത് അങ്ങനെ വളമ്പലും നടക്കുന്നുണ്ട് കൊടുക്കലും നടക്കുന്നുണ്ട് ഇങ്ങോട്ടാരും വരുന്നില്ല അടേ നമുക്ക് കിട്ടൂലെന്നുണ്ടോ കിട്ടും കിട്ടാതിരിക്കില്ല കൊറേ നേരം കഴിഞ്ഞ ഒരാൾ വന്നു ദന്തരഞ്ഞിട്ടൂടെ ഈ ഭക്ഷണത്തിന് വിശേഷം എന്താ വെച്ചാ കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭക്ഷണം കഴിക്കുന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പശപ്പ് കൂടും ദഹനേന്ദ്രീയ വ്യവസ്ഥയൊക്കെ ഒന്ന് തയ്യാറാവും അവനെ സ്വീകരിക്കാൻ വേണ്ടി ദഹന ഇല്ലെങ്കിൽ തന്നെയും ഒക്കെ ഉണ്ടാവും അപ്പൊ വിശപ്പൊക്കെയാണ് വന്നപ്പോഴാണ് ഈ ടോടാൻ പറഞ്ഞത് ഓടല്ലാണ്ട് വഴിയുണ്ടോ അവന്റെ സ്ഥലല്ലേ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഓടി പുറത്തേക്ക് പോയപ്പോണ്ട് അയ്യോ മഹാരാജ് എന്താ പോണതാ എങ്ങോട്ടാ പോണതാ ഞങ്ങൾ പോവാൻ പറഞ്ഞു അതുകൊണ്ട് പോവാണ്ട് അയ്യോ വരും സന്യാസിമാരോട് ഭക്ഷണം കൊടുക്കാണ്ട് വിടുകയെ മഹാപാപം ഈ ഗൃഹത്തിന് ഉണ്ടാവില്ലേ വരൂ ഇരിക്കൂ ഓ അത് ശരി ഞാൻ പിന്നെ കിട്ടണ ലക്ഷണം തന്നെയാണ് ഞാൻ പോവാൻ രണ്ടാമതും പോവാ ഇരുന്നോ കുറച്ചു നേരം കഴിഞ്ഞു വേറൊരാൾ വന്നു ഉഗ്രപ്രതാപിയാണ് എന്താ നിങ്ങളിവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഭക്ഷണം കിട്ടുന്ന വിചാരിച്ചിരിക്കുകയാണ് പോവാടുന്ന പോവല്ലാണ്ട് പണിയുണ്ടോ അവരല്ലേ പറഞ്ഞത് പോയി അപ്പൊണ്ടും എന്താ പറയുക നാടകത്തിലെ സിനിമയിലൊക്കെ ഉള്ള പോലെയാണ് അയ്യോ സന്യാസിമാര് വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോയി അവൻ എന്തോ അവിവേകം പറഞ്ഞതായിരിക്കും ഇന്നത്തെ ചെറുപ്പക്കാരെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ അവരൊക്കെ അവിവേകികളാണ് അവൻ ദയവ് ഇത് വന്നിരിക്കണം എന്താ വേണ്ടു പരസ്പര ആലോചനയായി ഭക്ഷണല്ലേ കിട്ടുകാണിച്ച പിന്നെ എന്തിനാ നമുക്ക് നാണോ മാനോ ഇല്ലല്ലോ പോയിരിക്കന്നെ ഇരുന്നു അപ്പോഴാണ് ഒരു കൊച്ചു വന്നത് മറ്റേ വെജിറ്റേറിയൻ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഇനിയിപ്പെന്താണുള്ള ഇനി മട്ടൺ ഉണ്ട് അയ്യോ അത് വേണ്ട എന്നാ ഞങ്ങള് പോയി വരാം എന്നാ പിന്നെ അതാ നല്ലത് ഇങ്ങനെയൊക്കെയാ സ്ഥിതി ഇത് കഥയാന്ന് വിചാരിക്കരുത് ഇത് കഥയല്ലത് അനുഭവാണ് ഇനി മട്ടനുണ്ട് മട്ടൻ കഴിച്ചോളായില്ലോ ഒരാൾക്ക് താല്പര്യമുണ്ട് കഴിച്ചാൽ തറക്കേടില്ല അയാൾക്ക് ഇരുന്ന് കഴിക്കാൻ വിരോധം ഇല്ല അയാൾ കഴിക്കണ്ടെന്നാരും പറഞ്ഞു ഇനി അയാളെ നമ്മൾ കളിയാക്കരുത് അയാള് നമ്മൾ ഇവിടെ ഇരുന്ന് കളിയാക്കാൻ നമുക്ക് നല്ലോണം കഴിയും കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാ വന്നിരിക്കുന്നത് അത് ശ്രദ്ധിക്ക അപ്പോ ഇത്തരം അനുഭവങ്ങളിലൂടെ അപ്പൊ ഇത്തരം അനുഭവങ്ങളിലൂടെ നമ്മള് കടന്നു പോകുമ്പോ അപ്പോഴാണ് ഈ പഠിച്ചതും ജീവിതമൊക്കെ തുലന ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാവില്ല നമ്മളിപ്പ സ്വാമിയെ പറ്റി പറഞ്ഞില്ലേ അപ്പൊ പറഞ്ഞ നിമിഷം അയാൾ പോയിട്ടുണ്ട് അതാണ് അതിന്റെ ഒരു ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞില്ലേ ഒരു സ്വാമിയാർ കിടക്കുകയാണ് അദ്ദേഹം പോയിട്ടുണ്ട് ആ സമയത്ത് തന്നെയാണ് പോയിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഇവിടെ ആ സമയത്ത് പറഞ്ഞത് സന്തോഷമായി നന്നായി അപ്പോ പറഞ്ഞതിന്റെ വിഷയം ഈ സാധനാ മാർഗത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഭിക്ഷഔഷധം ഔഷധമായിട്ട് ഭിക്ഷ കഴിക്കുന്ന സമയത്തും സ്വാധ്വന്നം യാചിക്കാൻ പോയാൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാവും സ്വാധ്വന്നം യാചിക്കാൻ പോയതാണല്ലോ അവിടെ കല്യാണ പോലെ ആയതുകൊണ്ട് സ്വാധുനം കിട്ടുന്നു യാച്ചിട്ടാണല്ലോ പങ്കിട്ട് പോയത് ചിലപ്പോ ഈ ഹോളിൽ ഇരുന്ന് നിങ്ങളെയും സ്വാമിക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും ഇതൊക്കെ ജീവിതയാത്രയിലുള്ളതാണ് അതിലൂടെയാണ് ഇങ്ങനെ പാകപ്പെട്ട് പാകപ്പെട്ട് പാകപ്പെട്ട് പോണത് അന്ന് ചിദാന്തപുരിസ്വാമിയൊന്നുമല്ല ദീക്ഷയ്ക്ക് മുമ്പുള്ള കാലമാണ് ചുറ്റിയടിക്കുന്ന കാലമാണ് ശ്രദ്ധിക്കുക തമാശ അല്ല ഇതൊന്നും അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഭിക്ഷാടണം നമ്മൾ സ്വാദുള്ള ഒന്നും യാചിക്കില്ല കിട്ടിയാൽ കഴിക്കാൻ തയ്യാറാണ് പക്ഷേ സ്വാദുള്ള കിട്ടിയാലോ ഒരു പ്രശ്നമല്ല കഴിച്ചോളാം സുഖമായിട്ട് ാപ്തേന സന്തുഷ്യതാം പ്രാപ്തമായതിനെ കൊണ്ട് സന്തോഷിച്ചോളൂ ചിലപ്പോ നല്ല സ്വാദികളെ കിട്ടി വരും എന്തുവേണം സന്തോഷിച്ചോളുക ചിലപ്പോ സ്വാദുളെ കിട്ടിയില്ല വരും നല്ലോ സന്തോഷിച്ചോളുക സന്തോഷം എന്നൊരു കുറവില്ല അപ്രാർത്ഥിതമായിട്ട് അയാചിതമായിട്ട് ലഭിച്ച സ്വാധ്വന്നത്തിൽ നിന്ദ പാടില്ല ഈ സ്വാദുകൾ തന്നെയാണ് അവർ ഞാൻ കഴിക്കില്ല എന്ന് പറയാൻ പാടില്ല കിട്ടിയതിനെ കൊണ്ട് സന്തോഷിച്ചോളാം വ്യക്തമാണല്ലോ ഇതിനേക്കാൾ നല്ല അർത്ഥം വേറെ പറയാം പ്രാപ്തേ പ്രാപ്തമായാൽ ന സന്തോഷിയതാം സന്തോഷിക്കാൻ പോണ്ട കഴിച്ചാൽ മതി കാരണം സ്വാദുള്ളത് കിട്ടിയിട്ട് സന്തോഷിച്ചാൽ പിന്നെ സ്വാദുള്ളത് കിട്ടാനുള്ള ത്വര ഉണ്ടാവും എന്തിനത് സ്വാദുള്ളത് കിട്ടി ആയിക്കോട്ടെ സന്തോഷം സ്വാതുുള്ളത് കിട്ടിയില്ല സന്തോഷം ഇത്രയേ ഉള്ളൂ വേറൊന്നുമില്ല അതുകൊണ്ട് പ്രാപ്തേ ന സന്തുഷ്യത പ്രാപ്തേ സതി ന സന്തുഷ്യത പ്രാപ്തമായതിൽ സ്വാധ്വന്നം പ്രാപിച്ചാൽ സന്തോഷിക്കാൻ പോണ്ട സപ്തമിയില് തൃതീയയില് പ്രാപ്തേന പ്രാപ്തമായതിനെ കൊണ്ട് സന്തോഷിച്ചോളൂ അതിലിപ്പോ നമുക്ക് എന്താണ് പ്രാപ്തമാവുന്നത് അതുമായിട്ട് ജീവിച്ചോളൂ അല്ലാണ്ടെന്ത് വേറെ ഒന്നുമില്ല ഇതാണ് ജീവിതം ഈ സ്വാദ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു സങ്കല്പാണ് ഒരു രസികനെ കണ്ടത് ഓർമ്മിക്കുകയാണ് ഇയാൾക്ക് മൂക്ക് കൂടെ കുഴവിട്ടിട്ടാണ് ആഹാരം എന്നിട്ട് സ്വാമി ദുഷ്ടം രസിക്കെന്ന് പറയണു അല്ല ആരായാലും ശരി ഒരു നേരം പോക്ക് തോന്നിയാ പോരംപോക്ക് തന്നെയാണല്ലോ അപ്പൊ എന്താ സംഭവം വെച്ചാൽ ഇദ്ദേഹത്തിന് തീരെ വയ്യ വായിക്കൂടെ കഴിക്കാൻ പറ്റില്ല എന്നിട്ട് മൂക്കു കൂടെ കുഴലിട്ടിട്ട് ഇവിടെ അകത്തേക്കാണ് എന്നിട്ട് ഇയാൾക്ക് രാവിലെ ഇഡലിയും ചട്ടനിയും വേണം ഈ ചട്ടനിയുടെ രുചിയായ്ക്കറിയോ അറിയില്ല കാരണം ആ നാവിന്റെ അഗ്രഭാഗത്ത് ഏറി വന്ന ഒരു ഒന്നര സെന്റിമീറ്റർ അത്രയേ ഉള്ളൂ ഈ ഈ രുചി അറിയുന്ന മൂളങ്ങൾ അതിന്റെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു രുചിയും ഇല്ല എന്നാ ഇന്ന പോഷക അയാൾക്ക് വേണം അതുകൊണ്ട് ഇന്ന ആഹാരമായാക്കടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ശരിയാ ശരി തേങ്ങ ഇരുന്നാത്ത ഗുണമുണ്ട് അതുകൊണ്ട് തേങ്ങ അരച്ചു കൊടുത്തോളൂ പറഞ്ഞാൽ ശരിയാ പക്ഷെ ചട്ടിനായിട്ടന്നെ വേണം രുചിയാക്കറിയോ സങ്കല്പമാണ് സ്വാദ് അവിടെ ഇത് കിട്ടിയില്ലാത്തയാൾ വലിയ പ്രശ്നം ഒരു പ്രാവശ്യമായേക്കത് ഭാര്യ കൊടുക്കാത്തതുകൊണ്ട് പിടിച്ചു വലിച്ചു മൂക്കിന്റെ അടക്കം എന്നൊരു ഇൻഫെക്ഷനായി തമാശയാണ് വിചാരിക്കരുത് ഉള്ള സത്യമാണ് ഈ പറയുന്നത് അപ്പൊ ഈ സ്വാദ് എവിടെയാ സ്വാദ് കിടക്കുന്നത് നാവിലാണോ മനസ്സിലാണോ മനസ്സ് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് പ്രാപ്തമായതിൽ സന്തോഷിച്ചു കഴിഞ്ഞോളുക ാലോചിച്ചാൽ നല്ലത് നമ്മളൊക്കെ വീട്ടില് ഈ സ്വാദിന്റെ പേരിൽ എത്ര ലഹളയും ബഹളം ഉണ്ടാക്കണം കൂടുതലാരും ഉണ്ടാവില്ല എന്നാലും പുറമെയുള്ള ജനങ്ങൾ അങ്ങനെയാണ് ചെറിയ രുചി ഒന്ന് അല്പം മാറുമ്പോഴത്തേക്ക് ഈ മുഖം വെർപ്പിക്കും ഭാര്യനോട് ഭർത്താവ് ഭർത്താവിനോട് ഭാര്യ അതൊക്കെ പതിവൊണ്ടില്ല ഉണ്ടോ ഇല്ല ഉണ്ട് അത് നന്നായിട്ടില്ല നീ മറ്റോൾ ഉണ്ടാക്കിയതാണ് കുറച്ചുകൂടി എന്നാ അത് കട്ടപ്പോഴത്തേക്ക് അവൾക്ക് ആകെ ദേഷ്യായി ആ തീശ്ശിയായി ഞാൻ ഉണ്ടാക്കിയതില്ലാതെ അവൾ ഉണ്ടാക്കിയതാ നല്ലെന്ന് പറയുന്നു പ്രശ്നമായി കലഹത്തിന് കാരണമായി അയാൾ സത്യം പറഞ്ഞതാ കലഹത്തിന് കാരണമായി ഇതാ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഇതിലൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട ഭഗവാൻ എന്താ തരുന്നു സന്തോഷം ഈ പ്രപഞ്ചത്തിലൊരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് ഞാനും നെയ്യും ജീവിക്കുന്നു ഇതറിഞ്ഞ നല്ലത് എനിക്ക് വരേണ്ടതേ എനിക്ക് വരും വേറൊരാൾക്ക് വരേണ്ടത് വരില്ല എനിക്ക് വരണ്ടത് എനിക്ക് ഒരു രസകരമായൊരു സന്ദർഭം പറഞ്ഞുതരാം ഒരിക്കൽ അങ്ങനെ കറങ്ങി കറങ്ങി ഒരു സ്ഥലത്ത് എത്തിയതാണ് എത്തി ഈ പറഞ്ഞതുപോലെ വളരെ സഞ്ചരിച്ച് നടന്ന് എത്തിയത് കാരണം വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ ഉണ്ട് ദാഹം കുറച്ച് കുറഞ്ഞു ഗംഗാജിയിൽ പോയി വെള്ളം നല്ലോണം കുടിച്ചപ്പോ ദാഹമൊക്കെ തീർന്നു എന്നാലും ഭക്ഷണം കിട്ടിയാൽ തരക്കേടില്ല എന്ന് കരശലായ തോന്നലുണ്ട് അപ്പോ അവിടെ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിന്റെ അടുത്തൊരു സ്ഥലമുണ്ട് ഇരിക്കാൻ അവിടെ പോയിരുന്നപ്പോ മുഴുവൻ കഞ്ചാവിന്റെ ആൾക്കാരാ മുഴുവൻ കഞ്ചാവ് തന്നെ ഭഗവാനെ ഇവിടേക്കാണോ അപ്പൊ കൊണ്ടുവന്ന് ഇരുത്തിയത് സാറിൽ ഇരിക്കുക തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടുപേരൊഴിച്ചു ബാക്കി എല്ലാരും അവിടുന്ന് പോയി എല്ലാരും പോയി ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുണ്ട് ഈ അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരും ഉണ്ട് കുറച്ചു കഴിഞ്ഞപ്പോ അത് അവരമ്മ വരുന്നു അമ്മ വരണ കണ്ടപ്പോ നോക്കിയോ സന്തോഷായി വല്യൊരു ടിഫൻ കാരിയർ ഉണ്ട് ഈ എന്താ അതിന്റെ വലുപ്പം എന്നാ ആറോ ഏഴോ തട്ടുണ്ടായിന് ഓരോന്നിന്റെ വലുപ്പം എത്രയാ അവര് കൊണ്ടുവന്ന് ഇവിടെ ഒരു വലിയ ജഡുള്ളൊരു സ്വാമി ഉണ്ടായിരുന്നു ഇല്ലല്ലോ ഇപ്പോഴുണ്ടായിട്ടില്ല ഇല്ലയേ ഇല്ല ഓ ഓ ഈ അമ്മയുടെ മുഖ ആകെ സങ്കടായി കുറച്ചുനേരമൊക്കെ അവരവരൊക്കെ ചുറ്റി നടന്നു അത് എവിടെ വലിയ ചേട്ടള്ള സ്വാമി ഉണ്ടായിട്ടില്ലന്നാ നിങ്ങള് പറഞ്ഞത് അതെ ഞങ്ങള് കള്ളം പറയില്ല ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ എന്ന എന്റെ വ്രതം പൂർണ്ണ ആവില്ലല്ലോ എന്താ അമ്മ പ്രശ്നം ഞാന് വ്രതം നോറ്റിട്ട് വ്രതസമാപ്തിയില് സന്യാസിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കാം അപ്പൊ ഉള്ളില് കേളില്ലല്ലോ വീട്ടിലോളുണ്ട് ആ അപ്പോ സ്വാമി എണീറ്റ് പോയിട്ട് എന്താ ചെയ്യാം നല്ല ഇവിടെ സ്വാമി ഉണ്ടായിട്ടില്ല നിങ്ങൾ സ്വീകരിക്കോ സ്വീകരിക്കുമെന്നോ എന്താ സ്വീകരിച്ചാല് അപ്പത്തെ എന്തൊക്കെ വിഭവം എന്നാ വിചാരിച്ചത് നല്ല പാൽപ്പായസം അടക്കുണ്ട് സുഖമായിട്ട് ഞങ്ങൾ രണ്ടു പേരും കൂടി കുറച്ച് മറ്റോരും കഴിച്ചു മുഴുവൻ കഴിച്ചു ഒരു സാധനം ബാക്കിയില്ല എത്രയാ റൊട്ടി ഇപ്പോഴും അതിന്റെ സ്വാദോർമുണ്ട് ധാരാളം റൊട്ടിയുണ്ട് ധന ചോറുണ്ട് കറികൾ രണ്ട് മൂന്ന് തരം പാൽപ്പായസം ഒക്കെ ആയിട്ട് അമ്മ സന്തോഷമായി കണ്ണെന്നൊക്കെ ധാരധാരയായിട്ട് സന്തോഷം കൊണ്ട് വെള്ളം പോയി ഞങ്ങൾ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു ഈ അമ്മ പാത്രം കൊണ്ട് പോവലും വന്നുവല്ലോ ജഡാ അതെ ജഡസ്വാമി വന്നു ലഡസ്വാമി കുറച്ചു നേരമൊക്കെ ഇരുന്നു നോക്കി അല്ല ഇവിടെ ആരോ വന്നോ വന്നോ എന്നിട്ട് ഭക്ഷണം കൊണ്ടുവന്നു ഭക്ഷണം കൊണ്ടുവന്നോ എന്നിട്ട് എന്ത് ചെയ്തു ഞങ്ങൾ കഴിച്ചു ആ ഇദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചിട്ട് വല്ലാത്ത ദേഷ്യാണ് പിടിച്ചത് തമാശ അല്ലാതെ അദ്ദേഹത്തിന് വാല്യ കൂണ്ടപടി ഉണ്ട് ശൂലമുണ്ട് ഭാഗ്യത്തിനൊന്നും ഉണ്ടായില്ല ഇപ്പൊ പറഞ്ഞൊരു താല്പര്യം ഞങ്ങൾക്ക് വെച്ചതായതുകൊണ്ടില്ലേ ഞങ്ങൾ കിട്ടിയത് അദ്ദേഹത്തിനെ കരുതി കൊണ്ടുവന്താ കിട്ടിയതാർക്കാ വേണ്ടവർക്ക് കിട്ടി അദ്ദേഹം സുഖമായിട്ട് അവിടെ ദിവസം കഴിക്കണ ആളാണ് ഞങ്ങൾ വളരെ ദൂരം നടന്ന് അവിടെ എത്തിയ കൂട്ടുക അപ്പൊ ഞങ്ങൾക്ക് ആ ഭക്ഷണം വേണ്ടത് അല്ലാണ്ട് ഞാനുള്ള അഹങ്കാരം കൊണ്ടല്ലാതെ അവിടെ ഞങ്ങൾക്കാണ് കൂടുതൽ നല്ലോണം വേണ്ടത് ചിന്തിക്കുക അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടതൊക്കെ എനിക്ക് കിട്ടും വേറൊരാൾക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടില്ല എനിക്ക് കിട്ടേണ്ടതൊട്ട് വേറൊരാൾക്കും പോവില്ല പിന്നെ എന്തിനാ സൂയം കുച്ചുമ്പ് വെച്ച് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ അതുകൊണ്ട് പ്രാപ്തേ ഞ സന്തുഷ്യത പ്രാപ്തമായാൽ സന്തോഷിക്കാനൊന്നും പോണ്ട അഥവാ പ്രാപ്തമായതിനെ കൊണ്ട് സന്തോഷിച്ചോളൂ അങ്ങനെ കഴിയുമ്പോ ശീതോഷ്ണാദിവിഷഹ്യതാം ശീതോഷ്ണാദിവിഷഹ്യതാം ശീതം ഉഷ്ണം തുടങ്ങിയവയെ ചാൽ മാനം അപമാനം പൂജ പരിഭവം സ്തുതി നിന്ദ സുഖം ദുഃഖം ഈ വക ദ്വന്ദ്ങ്ങളെ നല്ലതുപോലെ സഹിച്ചോളൂ ജീവിതത്തിൽ ഇത്തരം ദ്വന്ദ്വങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ശീതമുണ്ടെങ്കിൽ ഉഷ്ണമുണ്ടാവും ഉഷ്ണമുണ്ടെങ്കിൽ ശീതം ഉണ്ടാവും ശീതം മാത്രമേ ഉള്ളിച്ച് എങ്ങനെയാണ് ഉഷ്ണം തിരിച്ചറിയുക ഉഷ്ണം മാത്രമേ ഉള്ളിച്ച് എങ്ങനെ ശീതം തിരിച്ചറിയുക ആപേക്ഷികമാണിതൊക്കെ നമുക്കുണ്ടാവുന്ന സംവേദനങ്ങളൊക്കെ ആപേക്ഷികമാണ് അവയെ സഹിച്ചേ മതിയാവും സാധകന് മുഖ്യമാണ് ഇത് ശ്രദ്ധിക്കുക സഹിക്കല്ലാണ്ട് പോലെ വഴിയുണ്ടോ പക്ഷെ സമചിത്തതയോടുകൂടി സഹിക്കണം ഇതിൽ യാതൊരു ശങ്കയുമില്ല ശീതമുണ്ടെങ്കിൽ ഉഷ്ണുണ്ടാവും ഉഷ്ണുണ്ടെങ്കിൽ ശീതമുണ്ടാവും സുഖം എന്നൊന്നുണ്ടോ മാനമുണ്ടോ അപമാനം ഉണ്ടാവും പൂജ ഉണ്ടോ പരിഭവം ഉണ്ടാവും സ്തുതി ഉണ്ടോ നിന്ദ ഉണ്ടാവും ഇത് ദ്വന്വാത്മകമാണ് ലോകം ഈ ദ്വന്ദ്ങ്ങളാൽ നീ ബാധിക്കപ്പെടരുത് ഇത് ശ്രദ്ധിക്കുക ശീതം സഹിക്കുമ്പോ ആ സഹനത്തിലൂടെ നമുക്ക് ഉയർച്ച ലഭിക്കും ഉഷ്ണ സഹിക്കുമ്പോ ഉഷ്ണത്തിലൂടെ നമുക്ക് ഉയർച്ച ലഭിക്കും അതെങ്ങനെ ചോദിച്ചാൽ ആ സാധക ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഇപ്പൊ ജീവിതത്തിൽ വന്നു ചേരുന്ന ദ്വന്ദ്വങ്ങളുടെ മുഴുവൻ ഉപലക്ഷണാർത്ഥമായിട്ടാണ് ഇവിടെ ശീതോഷ്ണാദി എന്ന് പറഞ്ഞത് അല്ലാതെ മറ്റൊന്നല്ല രക്താണല്ലോ ഇവിടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം ഈ വക ദ്വന്വങ്ങൾ ഉണ്ടാവും സുഖമുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും ശീതണ്ടെങ്കിൽ കൃഷ്ണ ഉണ്ടാവും ഇവയെ സഹിക്കാൻ കഴിയണം വിശേഷേണ സഹിക്കണം അത് വിഷഹ്യതാം സഹിച്ചാ പോരാ സഹ്യതാമല്ല വിഷഹ്യതാം വിശേഷേണ സഹിക്കണം ഓരോ ദേശകാലങ്ങൾക്ക് സഹിക്കണം അവ നമ്മുടെ അന്ധകരണത്തിൽ വികാരം ഉണ്ടാക്കിച്ചൂട അപ്പൊ ഒരാള് നല്ല തണുത്ത് നിറച്ചു കിടക്കുക അപ്പൊ ഒരാളൊരു കമ്പിളി കൊണ്ടുവന്നു ആചാര്യം പറഞ്ഞിട്ടുണ്ട് എന്ത് സഹിക്കണം അത് പറഞ്ഞിട്ടില്ല അവിടെ സുഖമായി ഉപയോഗിച്ചോളൂ ആ എനിക്ക് അമ്പിളിയല്ല വേറെ എന്തെങ്കിലും സാഹചര്യം വന്നു വേറെ എന്തെങ്കിലും സാഹചര്യം വന്നു അങ്ങനെ ഉണ്ടാവും സാഹചര്യം താണുത്ത് വരച്ചു കിടക്കുക കേട്ടോ വിറയ്ക്കണം പല്ല് കൂട്ടിയിറുമ്പാണിത് വൃന്ദാവനത്തു നിന്നാണ് അപ്പോൾ ഒരു അർദ്ധരാത്രി കഴിഞ്ഞപ്പോ ഒരു സുഖം ഒരു ഭാഗത്ത് നല്ല ചൂടുണ്ടല്ലോടേ നോക്കി നോക്കി അപ്പൊ കഴുതയാ അവൻ ചേർന്ന് കിടക്കുക അവൻ അവളോ നാല് കണ്ടു അപ്പൊ ചേർന്ന് കിടക്ക നല്ലാണ്ടത് ഈ സമയത്ത് എനിക്ക് ഭഗവാൻ കംപ്ലീറ്റ് ചെയ്യാ പുതപ്പില്ല അപ്പൊ കഴുത വന്നില്ലേ അതിനനുഗ്രഹമല്ലേ അപ്പൊ കുറെ നേരം അതിനോട് ചേർന്ന് കിട നല്ല ചൂടാ പിന്നെ ബുദ്ധിയുണ്ടെങ്കിൽ എന്താ വേണ്ടത് മറ്റേ ഭാഗം തിരിഞ്ഞു കിടക്കുക അപ്പൊ മറ്റേ ഭാഗം ചൂടാ ഇത്രയുള്ളൂ നേരം രാവിലെയായി പിന്നെന്തുവേണം കഴുത വന്നോ കഴുതല്ലേ സമീപം എന്ത് കഴിഞ്ഞാൽ കഴുകെന്താ കുഴപ്പം പിന്നെ കഴിഞ്ഞ രോമം ആടിന്റെ രോമം അതൊക്കെ പറ്റൂലേ കഴുതന്നെ വന്നു ജീവനോടെ അതിന്റെ ചൂടെന്താ സുഖം ഒരു കുഴപ്പം അതിന് സന്തോഷം ഒരു കൂട്ടുകാരനെ കിട്ടി നമുക്ക് സന്തോഷം ഒരു കൂട്ടുകാരനെ കിട്ടി ഇത്രയേ ഉള്ളൂ തമാശയാണ് വിചാരിക്കരുത് ഇതൊന്നും പുസ്തകം പറഞ്ഞു പെട്ടെ പറയേണ്ട വിഷയമല്ല അതാണ് സാധന ജീവിതം അതുകൊണ്ട് ശീതോഷ്ണാതിവിഷഹ്യതാം നതു വൃഥാവാക്യം സമുച്ചയതാം സാധകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വെറുതെ കശപിശ പറഞ്ഞ് ഇരിക്കരുത് ൃഥാവാക്യം ഒരർത്ഥമില്ലാത്ത വാക്യം പ്രയോജനരഹിതമായിട്ട് സംഭാഷണത്തെ ചെയ്യരുത് എന്ത് വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രയോജനം വേണം മഹാത്മാക്കള് തമാശ പറയുകയാണെങ്കിലും അതിലൊരർത്ഥം ഉണ്ടാവും പ്രയോജനമില്ലാത്തൊരു വാക്ക് പറയില്ല വൃഥാവാക്യം വൃഥാവാക്യം ഉണ്ടാവില്ല സാധന ഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വൃധാവാക്യം വെറുതെ ഒരർത്ഥം ഒരാവശ്യമില്ലാത്ത വർത്തമാനം ഇങ്ങനെ നമ്മളൊന്ന് കണക്കുകൂട്ടി നോക്കൂ രാവിലെ തൊട്ട് ഇന്ന് ഇന്ന് രാത്രി നാളെ അല്ലാട്ടുവാ ഇന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് നീണ്ടെന്ന് പറഞ്ഞ് കിടന്നിട്ട് ഒന്ന് ആലോചിക്കും രാവിലെ തൊട്ട് ഞാൻ ഈ സമയം വരെ എത്ര വേണ്ടാത്ത വൃധാവാക്യം പറഞ്ഞു ഒന്ന് കണക്കെടുത്ത് നോക്കൂ ഇന്നലത്തെ അല്ല ഇന്നത് ഓർമ്മ ഉണ്ടാവും ഇല്ല എന്ന് പറഞ്ഞ കള്ളമാണ് ഇന്ന് രാവിലത്തോട് എത്ര വേണ്ടാത്ത വർത്താനം എൻ്റെ മോശമായ വർത്തമാന അല്ല പറഞ്ഞത് മറ്റൊരാളെ ദുഃഖിപ്പിക്കുന്ന വർത്തമാനല്ല പറഞ്ഞത് അസത്യമല്ല പറഞ്ഞത് ഒരാവശ്യമില്ലാത്ത വർത്തമാനം എത്ര പറഞ്ഞു എന്നെക്കും ഒരു ചാർട്ട് ഉണ്ടാക്കുക ഡേറ്റ്റ എന്നിട്ട് തറാനെഴുതാ ഒരു സ്ഥലം അങ്ങനെ ഒരു മുപ്പത് ദിവസത്തെ കണക്കെടുത്ത് നോക്കൂ ഒന്നെടുത്ത് നോക്ക നമ്മള് ഞെട്ടിപ്പോകും അത്രയ്ക്കധികം വേണ്ടാത്ത വർത്തമാനം നമ്മൾ ദിവസവും പറയുന്നുണ്ട് എന്നാൽ ഒരു മുപ്പത് ദിവസം ഈ കണക്കെടുത്താൽ മുപ്പത്തൊന്നാമത് ദിവസം എടുത്ത് കുറഞ്ഞു തുടങ്ങും അത് വേണ്ടാത്ത വർത്തമാനം കുറയും വേണ്ടാത്ത വർത്തമാനം കുറഞ്ഞാൽ വാക്ശക്തി കൂടും ഞാൻ പറഞ്ഞ ആരും അനുസരിക്കും ഇല്ല സ്വാമി ഞാൻ പറഞ്ഞ മക്കൾ പോലും കേൾക്കണില്ല വാക്ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് കുറ്റം മക്കളുടെ എടുത്തല്ല എന്റെ അടുത്ത ഞാൻ പറഞ്ഞിട്ട് എന്റെ മോൾ അനുസരിക്കുന്നില്ലെങ്കിൽ എന്റെ മോൻ അനുസരി അനുസരിക്കുന്നില്ലെങ്കിൽ കുറ്റം മോന്റെതല്ല മോളുടെതല്ല പിന്നെ എന്റെ വാക്കിന് ബലമില്ല വാക്കിന് ബലമില്ലാത്ത അവന്റെ കുറ്റമാണോ അവളുടെ കുറ്റാണോ അല്ല എന്റെ കുറ്റാണോ എന്റെ കുറ്റമാണ് സത്യനിഷ്ഠ പാലിക്കുന്നവരുടെ വൃഥാവാക്യം ചെയ്യാത്തവരുടെ വാക്കിനേ ബലമുണ്ടാവുള്ളൂ കാനപ്പിച്ച് പറഞ്ഞുകൊണ്ടൊന്നും ബലം ഉണ്ടാവില്ല അത് ശ്രദ്ധിക്കാം ചിലട്ട അങ്ങനെ ഉണ്ട് കനപ്പിച്ച് പറയും അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല വാക്കിന് ബലം വേണമെങ്കിൽ ആ വാക്ക് ഉള്ളിൽ നിന്ന് വരുന്ന വാക്കായിരിക്കണം ഉള്ളിൽ നിന്ന് വരുന്ന വാക്കായിരിക്കണം അതിന് സത്യത്തിന്റെ ആചാരശുദ്ധിയുടെ ബലം ഉണ്ടാവണം വൃഥാവാക്യം ചെയ്യരുത് ഏതായാലും ഈ പരിശോധന ഒന്ന് ചെയ്ത് അത് കേട്ടില്ല അപ്പൊ മുപ്പത് സവിടെ നിൽക്കട്ടെ ഇന്ന് ഒന്ന് നോക്കാലോ ഇന്ന് രാത്രി ഇപ്പൊ കിടക്കാൻ നേരത്തെ ഒന്നാലോചിച്ച് നോക്കാലോ എത്ര വേണ്ടാത്ത വാക്കുകൾ ഞാൻ ഇന്ന് രാവിലത്തൊട്ട് പറഞ്ഞു എന്നുള്ളത് രാവിലത്തൊട്ട് നിങ്ങോട്ട് പോരണ്ടി വരും സാധിക്കും സുഖമായിട്ട് സാധിക്കും അത് ശീലം കൊണ്ട് സാധിക്കും നിങ്ങൾ മറ്റെന്റൊക്കെ കണക്കെടുക്കുന്നുണ്ടില്ലേ ഇത്ര പൈസ കിട്ടാണ്ട് ഇത്ര പൈസ ഒന്ന് രാവിലത്തോട്ട് ഞാൻ കുറച്ച് ചിലവാ അന്നേരം എഴുതാത്ത ആൾക്കാർ എക്കോ അങ്ങനെ എഴുതുന്ന ശീലമുള്ളവരാണെങ്കിൽ വൈകുന്നേരം ഇരുന്നാലോചിച്ച് എഴുതാറുണ്ട് രാവിലത്തോട്ട് നോക്കാം ചെയ്യേ എന്നാ പിന്നെ സ്വന്തം കാര്യമൊന്നും എഴുതിക്കൂടെ എന്നിട്ട് പോലെ മറ്റുള്ളവരുടെ കാര്യമൊക്കെ അതുകൊണ്ട് വളരെ പ്രധാന സാധനയാണ് നതുവൃഥ വാക്യം സമുച്ചാരിയതാം ഔദാസീന്യമീപ്യതാം ഔദാസീന്യം ഉദാസീന ഭാവം ഉദാസീന കശ്ചിത് പക്ഷം ഭജത ഇത് ഉദാസീന കസ്ചിതഭിപക്ഷം ലഭതേ ആരുടെയും പക്ഷം ഭജിക്കാത്തവൻ തനിക്ക് തന്റെ പക്ഷമുണ്ട് പിന്നെ വേറൊരു തന്റെ പക്ഷമുണ്ട ഉസീന ഉയർന്നിരിക്കുന്നവന ശബ്ദമുണ്ടായത് തന്നെ ഭൂരസമാണ് അവൻ ഉയർന്നിരിക്കുന്നവന രണ്ട് പക്ഷങ്ങളുണ്ടെങ്കിൽ രണ്ടു പക്ഷത്തിനും ഉയർന്നിരിക്കുന്നവന അവനാരുടെയും പക്ഷം ഭജിക്കുന്നില്ല പരസ്പരം കലഹിക്കുന്ന രണ്ടു കൂട്ടരുണ്ടാവും രണ്ടു പക്ഷത്തും അവനില്ല ഒരു പക്ഷവും പിടിക്കാൻ പോണില്ല എന്തുകൊണ്ട് ഉയർച്ച താഴ്ച ഇല്ലാത്ത ഒരു പക്ഷത്തിലാവനവനുള്ളത് അവിടെ ഉയർച്ചയും ഇല്ല താഴ്ചയും ഇല്ല അവിടെ പക്ഷഭേദമില്ല ഈ പക്ഷഭേദങ്ങളൊക്കെ എവിടെയുള്ളത് തീർത്തും വ്യാവഹാരിക തലത്തിലേ ഉള്ളൂ കുറച്ച് നമ്മുടെ വിധാനം ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ കുറച്ച് കിലോമീറ്റർ മുകളിൽ പോയിട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉള്ളത് വല്ല വേലിയുണ്ടോ മതിലുണ്ടോ ഒന്നുമില്ല വേലി മതിലൊക്കെ അപ്രസക്തമായി വിടുന്ന് നോക്കുമ്പോ സഹോദരൻ അപ്പുറത്ത് അപ്പുറത്തുനിന്നുണ്ട് കൊടുവാളുണ്ട് വെട്ടുകയാണ് എന്തിനാണ് വേലീനപ്പുറത്ത് ഇത് എന്റെ പറമ്പ് ഇതെന്റെ പറമ്പ് ഇച്ചിരി മുകളിൽ പോയി നോക്കിയാൽ ഒന്നുമില്ല ഒക്കെ ഒറ്റ പച്ച ഇത്രയുള്ളൂ അതുകൊണ്ട് കസ്യചിദി പക്ഷം നജതേ ആരുടെയും പക്ഷത്തെ ഭജിക്കുന്നില്ല അവനാണ് ഉദാസീനൻ ഈ ഉദാസീന ഭാവത്തെ നീ ആശ്രയിച്ചാലും വളരെ പ്രധാനമാണ് സാധകൻ വളരെ പ്രധാനമാണ് ജനകൃപാ നൈഷ്ഠുര്യമുസൃജ്യതാം ജനകൃപാ നൈഷ്ഠുര്യമുസൃജ്യതാം ജനങ്ങളിലുള്ള കൃപയും നിഷ്ഠുരതയും രണ്ടും ഉത്സൃജ്യതാം ഉപേക്ഷിച്ചാലും അഥവാ ജനങ്ങളുടെ കൃപാഭാവത്തെ ലഭിക്കാനും നിഷ്ഠുരഭാവത്തെ ഇല്ലാതാക്കാനും ഉള്ള ചിന്തയെ ഉപേക്ഷിച്ചാലും രണ്ടും ശ്രദ്ധിക്കും രണ്ട് വ്യാഖ്യാനവും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ജനങ്ങളോട് കൃപയും വേണ്ട നിഷ്ഠുരതയും വേണ്ട രണ്ടും വേണ്ട അയ്യോ എന്താ സ്വാമി ഇത് മഹാദുഷ്ടനാണല്ലോ നിങ്ങൾ ഈ പറയണത് ഒരു കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ ഒരു കൃപ വേണ്ടേ നീ ആരുടെ കൃപ ഉണ്ടാവാൻ നിനക്ക് നീ നിനക്കെന്താ അധികാരം മറ്റുള്ളവരുടെ കൃപ ഉണ്ടാവാൻ ോകത്തിലെല്ലാം ഉണ്ടാവും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം ഉണ്ടാവും നീ കൃപ കാണിക്കാൻ നീയാര് നിഷ്ഠുരത ചെയ്യാൻ നീയാര് നീ നിന്റെ പണിയായിട്ട് കഴിഞ്ഞോളാം ഇത് വളരെ അഭിപ്രായ വ്യത്യാസം ഉപദേശമാണ് എന്നാൽ ശങ്കരാചാര്യസ്വാമികളാള് ക്രൂരം തന്നെയാണ് സേവാപ്രവർത്തനമൊന്നും ചെയ്യണില്ല നിങ്ങൾ യാതൊരു മാറ്റി പറയാനും തയ്യാറില്ല ഈ തലത്തിലുള്ള സാധകൻ ഒരു കൃപയും ചെയ്യാൻ പോകേണ്ട നിഷ്ഠുരതയും ചെയ്യാൻ പോകണ്ട അതൊക്കെ വേറെ തലങ്ങളിൽ ചെയ്യേണ്ടതാണ് കർമ്മയോഗികളായിട്ടുള്ളവർ ചെയ്തോട്ടെ നീയും കർമ്മയോഗത്തെ ആശ്രയിച്ച് ജീവിക്കുന്നോ നീ ചെയ്തോളൂ അവിടെ ഇതല്ല ഉപദേശം കൊടുക്കുക എല്ലാവർക്കും ഒരു ഉപദേശമല്ല എല്ലാ ക്ലാസ്സിലും ഒരു ഉപദേശമല്ല ഒരേ ആചാര്യം തന്നെ വ്യത്യസ്ത ക്ലാസുകളിൽ വ്യത്യസ്ത രീതിയിലാണ് പാഠങ്ങൾ എടുക്കുന്നത് ഇപ്പൊ കർമ്മയോഗോപദേശം ഇതല്ല ഇനിയൊരു സിദ്ധനായ മഹാത്മാവ് സ്വയം കൃപ കൊണ്ട് അഹൈതുകമായ കൃപ കൊണ്ട് പല സേവകളും ചെയ്യും അത് വേറെ വിഷയം പക്ഷെ ഇവിടെ ഈ തലത്തിൽ നീ ലോകസേവനം എന്ന് പറഞ്ഞിട്ടോ ലോകനിഷ്ഠ ഐഷ്ഠുര്യെന്ന് പറഞ്ഞിട്ടോ പ്രവർത്തിക്കാൻ നീ നിന്റെ തത്വാനുസന്ധാനം ചെയ്ത് കഴിഞ്ഞോളാം ഒരു സാധകന്റെ ജീവിതത്തിൽ നിശ്ചയമായും ഒരു തപസ്സിന്റെ എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും ബാഹ്യമായിരിക്കുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ടെന്ന് അംഗീകരിച്ചേ മതിയാവും പരമമായ ആനന്ദത്തെ നൽകിക്കൊണ്ട് പറക്കുന്ന ഏതൊരു ചിത്രശലഭത്തെ കണ്ടാലും അതിന്റെ ജീവിതത്തിൽ ഒരു പ്യൂപ്പാ ദശയുണ്ട് ആ പീർപ്പാദേശ കടന്നിട്ടാണ് ചിത്രശലമായിട്ടുള്ളത് ഏയ് അത് മഹാകഷ്ടം ഇട്ടോ ആരുടെ കാര്യവും നോക്കാണ്ട് ഇങ്ങനെയാ ഒറ്റയ്ക്ക് ഇരിക്കല് എന്ന് അതിനെ ആരും ആക്ഷേപിക്കാറില്ല അതിനു മുമ്പിൽ ആർവാദേശയാണ് ഇഷ്ടപോലെ തിന്ന തിന്നാ തിന്ന വേറെ ഒരു പരിപാടിയില്ല എന്തു തീറ്റിയാണ് ഭഗവാനെ അതെ പകലും തിന്നും രാത്രിയും തിന്നും ഇതുപോലത്തെ ഒരു ജന്തു വേറെ ഇല്ല വേറൊരു ജന്തുക്കളും ഈ രണ്ടു സമയത്തും കഴിക്കണവരില്ല ആകെ കൂടെ രണ്ടു സമയത്തും കഴിക്കുന്ന ഒറ്റ ചന്തുലാർവ മാത്രമാണ് അത് കഴിച്ചുകൊണ്ടിരിക്കും മുഴുവൻ സമയവും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും ഒരറ്റ നിർത്തല കഴിഞ്ഞു അതുവരെ അത് ഭക്ഷണം കഴിച്ച അതേ ചെടിയിൽ തന്നെയായിരിക്കും ഒരു പീപ്പയായിട്ട് തൂങ്ങി കിടക്കുക നല്ല ഭക്ഷണം കഴിക്കോ ഒന്നുമില്ല തപസ്സ വേറൊന്നു ലോകബാഹ്യനാണ് എന്ത് ചുറ്റു നടന്നാലും പ്രശ്നമല്ല അത് പൊട്ടിപ്പളർന്ന് ചിത്രശലാഭമായി പുറത്തു വന്നു ഏതൊരു മഹാത്മാവിന്റെ ജീവിതത്തിലും നിശ്ചയമായും ഈ ഒരു പ്യൂപ്പാ ദശ ഉണ്ട് അതുകൊണ്ട് ആരെങ്കിലും ജനകൃപ നൈഷ്ഠുര്യമുസൃജിയതാം എന്നുള്ള ആചാര്യപാദങ്ങളുടെ ഉപദേശം ഇത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി ഇതിലൂടെ കടന്നു വന്ന മഹാന്മാരാണ് അഹൈരുത കൃപാനിധികളായി പ്രവർത്തിച്ചിട്ടുള്ളവരൊക്കെ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അത് ശ്രദ്ധിക്കുക ഇത് പല ഈ ഉപദേശത്തിന്റെ പേരിൽ എത്ര ആക്ഷേപം കേട്ടിട്ടുണ്ടെന്ന് ഈ കൃതി ഏ ജനകൃപ നിഷ്ഠ ഐഷ്ഠുര്യമൃ ചെയ്താൽ ജന ഐഷ്ഠുര്യമുസൃ ചെയ്താന്ന് പറഞ്ഞാൽ മനസ്സിലായി ജനങ്ങളോട് നിഷ്ഠുരത ചെയ്യാൻ പാടില്ല പക്ഷെ കൃപ ചെയ്യേണ്ടേ കൃപ ചെയ്യേണ്ടതാണ് ഒരു കൃപയും വേണ്ട കൃപയും വേണ്ട നിഷ്ഠുരതയും വേണ്ട നീ നിന്റെ പണി എടുത്തോളോരുത്തരും അവനവന്റെ പണി എടുത്തോളിച്ച നല്ലത് കൃപയ്ക്ക് നീ ആര ഏതുപോലെ ചോദിച്ച നോക്കോ ഒരു പാമ്പ് ഒരു തവളയെ പിടിക്കാൻ പോവാ ഞാൻ കാണുന്നു അയ്യോ പാവം തവളയുടെ ജീവിത അപകടത്തിലായാലും ഇപ്പൊ എന്റെ കർത്തവ്യാണ് അതിനെ രക്ഷിക്കേണ്ടത് ആണോ അല്ലയോ അല്ല അത് പ്രപഞ്ച നിയമമാണ് അത് രക്ഷിക്കാൻ ഞാനാണല്ലോ പാമ്പിനോടിക്കാൻ എനിക്ക് അധികാരം ഇല്ല നേരെ മറിച്ച് ഞാനിരിക്കുക ഒരു സ്ഥലത്ത് അപ്പൊ തവള ചാടി മടിയിലോന്നു മുഖത്തേക്ക് നോക്കി സ്വാമി രക്ഷിക്കണേ എന്നതിന്റെ ഭാവം പിന്നാലെ പാമ്പുണ്ട് എടെ പാമ്പെ നീ അവന് തൊടാൻ പാടില്ല കാരണം അവൻ എന്റെ മടിയിൽ കയറി എന്നെ ആശ്രയിച്ചതിന് നീ പോയിക്കോ എന്ന് പറയാൻ എനിക്ക് അധികാരമുണ്ട് രണ്ടും രണ്ടാണ് കാര്യത് പറയാൻ കാരണം ചിലപ്പോൾ ആരെങ്കിലും ശിബിയുടെ കഥയും പറഞ്ഞ് ചോദ്യം ചോദിച്ചൂടാന്നില്ല സ്വാമി ശിബി പ്രാവിന്റെ തൂക്കത്തിന് തുല്യ മാംസം കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കും അതേ മടിയിൽ വന്നിരുന്നോണ്ടാ അല്ലാണ്ട് വേറെയല്ല തന്നെ ആശ്രയിച്ചത് കൊണ്ടാണ് അല്ലാതെ ഈ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട് അത് കൈകടത്താൻ ഞാനാളല്ല അതുകൊണ്ട് കൃപാശബ്ദത്തെ ഒന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല വ്യക്തമാണല്ലോ ജനകൃപ നൈഷ്ഠൂര്യം ഉത്സൃജ്യതാണ് നല്ലപോലെ ശ്രദ്ധിക്കുക വാക്ചാരത ശ്രുതിമതർക്കുസന്ധീയ ദുസ്തർക്കു വിരമ്യതം ശ്രുതിമതസ്തർക്കുസന്ധീയത ബ്രഹ്മൈവാസ്തരഹർഗർവരിജ്യതേഹോഹമതിരുജ്യതം ബുധജനൈർർവാദ പരിതജ്യത ക്ഷുദ്വ്യാധിശ്ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം സ്വാധ്വന്നം നുയാച്യതാം വിധിവ പ്രാപ്തേന സന്തുഷ്യതാം അതെ അല്ലെങ്കിൽ പ്രാപ്തേന സന്തുഷ്യതാം നഗറ്റീവ് ഇത് മാത്രമേ ഉള്ളൂ വേറെ വൃത്തത്തിലൊന്നും ഭംഗം വരില്ല ീതോഷവിഷഹ്യതം നു വൃഥാ വാക്യം സമുച്ചയത ഔദാസീന്യമഭീസൃഷ്ടുര്യമുസൃ കോഴിക്കോട് നടക്കുന്ന സനാതനധർമ്മ പരിഷത്തിന്റെ കഴിഞ്ഞ വർഷത്തെ പരിപാടികൾ ജനപങ്കാളിത്തം കൊണ്ട് കൂടുതൽ മികവ് പുലർത്തി തീർച്ചയായിട്ടും അഭിപ്രായം തന്നെയാണ് നിരീക്ഷിക്കുമ്പോൾ നമുക്കെല്ലാം ഉള്ളത് അടുത്ത വർഷത്തെ പരിപാടിയെക്കുറിച്ച് സ്വാമിജി ഒരു വലിയ സങ്കല്പം മുന്നോട്ട് വെച്ചതായി അറിഞ്ഞു ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിൽ ക്ഷേത്രങ്ങൾക്കുള്ള പങ്കെന്താണ് തീർച്ചയായിട്ടും അത് യഥാസമയത്ത് നമ്മളൊക്കെ അറിയണം അതിൽ പങ്കുചേരണം ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എത്ര കണ്ട് പ്രാവർത്തികമാക്കണമെന്നുള്ളത് നമ്മളൊക്കെ കൂടി തന്നെയാണ് തീരുമാനിക്കേണ്ടത് നമ്മളെല്ലാം കൂടിയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോ രണ്ടായിരത്തി ഒമ്പത് മുതൽ കോഴിക്കോട് പരിഷത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു സെമിനാറുകളും പ്രഭാഷണങ്ങളും ഒക്കെ ഉണ്ടായി അടുത്ത വർഷം കുറച്ച് വിപുലമായിട്ട് കുറച്ചും കൂടി ഒരു ഒരു സമാജത്തെ സ്പർശിക്കുന്ന മറ്റ് പരിപാടികളോടുകൂടി നടത്തണമെന്നൊരാലോചനയുണ്ട് അതിന് നല്ലൊരു ഒരു പ്രവർത്തന പദ്ധതിയും പ്രവർത്തന സമിതിയും വേണം തമിഴ്നാട്ടിൽ ടുകദ് വിസവ് എന്നൊരു ഒരു കൂട്ടായ്മയുണ്ട് അതിൻ്റെ ഉപജ്ഞാതാവ് പരമപൂജനീയ ദയാനന്ദ സരസ്വതി സ്വാമികളാണ് ഒരിക്കൽ ന്യൂ ദില്ലിയിൽ ദില്ലിയിൽ വെച്ചിട്ട് ഒരു വലിയൊരു സഭയിൽ വലിയൊരു സഭയിൽ വെച്ച് ഹിന്ദു സമാജത്ത് വലിയ സേവാപ്രവർത്തനവും നടത്തുന്നവരില്ല സേവയൊക്കെ ക്രിസ്ത്യാനികളാണ് ചെയ്യുന്നത് എന്നൊരു ആക്ഷേപസ്വരത്തിലുള്ള വിലയിരുത്തലുണ്ടായി വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നാണ് ആ വിലയിരുത്തലുണ്ടായത് ആ യോഗത്തിൽ ശ്രീ ഗുരുമൂർത്തി പങ്കെടുത്തിരുന്നു അദ്ദേഹം ഈ അനുഭവം പൂജ്യ സ്വാമികളുമായി പങ്കുവച്ചു എങ്കിൽ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് സ്വാമിജി അഭിപ്രായപ്പെട്ടു അങ്ങനെയാണ് തമിഴ്നാട്ടിൽ ടുഗദർ വി സെർവ് എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെയും ഒന്നു ചേർത്തി എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് സമൂഹത്തെ കാണിക്കാനുള്ള ഒരു പെയർ നടത്തി നമ്മുടെ പ്രസ്ഥാനങ്ങളും ആചാര്യന്മാരും വ്യക്തികളും ആരും തന്നെ മറ്റൊരാളുടെ പ്രശംസ പിടിച്ചു പറ്റാനല്ല പ്രവർത്തിക്കുന്നത് ഒന്നെങ്കിൽ കർമ്മയോഗികളിൽ സാധനയായിട്ടായിരിക്കും അല്ലെങ്കിൽ സിദ്ധന്മാര് ലോക കൃപ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയെ കണ്ടിട്ട് ഇതിൽ നിന്ന് സമുദ്ധരിക്കാനുള്ള പ്രവർത്തനം കർത്തവ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നായിരിക്കാം പല നിലയ്ക്കാണ് അതുകൊണ്ട് ആരും പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ തന്നെയും നമ്മുടെ സമാജത്തിനൊരു ആത്മവിശ്വാസം നൽകാനും ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകാനും ഇതാവശ്യമാണെന്ന് സ്വാമിജി ആശയം മുന്നോട്ട് വെക്കുകയും അങ്ങനെ ഒരു ഹിന്ദു ഫെയർ ചെന്നൈ നഗരത്തിൽ വെച്ച് നടക്കുകയും ചെയ്തു അത്ഭുതകരമായ പ്രതികരണമാണ് സമൂഹം നൽകിയത് ഇത് അഞ്ചു വർഷമായി നടക്കുന്നു കഴിഞ്ഞ വർഷം നാനൂറിലേറെ സ്റ്റാളുകളാണ് അതിലുണ്ടായത് വലിയ ആശ്രമങ്ങളുടെ വലിയ വലിയ സ്റ്റോളുകളുണ്ട് വലിയ ചെറിയ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന സ്റ്റോൾ അല്ലാണ്ട് വെറുപ്പക്കം തന്നെയാണ് ചെന്നൈ ആചാരപ്രകാരം ദഹിപ്പിക്കുന്ന ഒരു വൃദ്ധ ദമ്പതികളുണ്ട് അവരുടെ സ്ഥോളുണ്ട് അതേ പ്രാധാന്യത്തിൽ വളരെ നന്നായി അപ്പൊ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോ കേരളത്തിൽ അതുപോലൊന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സഹകരണം ഉണ്ടാവും എന്നൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് വാക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് സനാതനധർമ്മ പരിഷത്തിന്റെ ഒരാഴ്ചത്തെ സമ്മേളനം കോഴിക്കോട് നടക്കുന്നതോടൊപ്പം വലിയൊരു ഹിന്ദു ഫെയർ കേരളത്തിലുള്ള എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെയും ക്ഷണിച്ച് പരമാവധി പങ്കെടുപ്പിക്കാൻ പരിശ്രമിച്ച് ചിലപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് കൊല്ലമൊക്കെ കുറച്ചുപേരെ അറച്ചും മേടിച്ചൊക്കെ നിൽക്കും സാരല്ല ക്രമേണ അത് ശരിയാവും അതിനോടൊന്നിച്ച് തന്നെ ഒരു എക്സിബിഷൻ അതിനോടൊന്നിച്ച് തന്നെ സെമിനാറുകൾ പിന്നെ വൈകുന്നേരം പ്രഭാഷണങ്ങൾ എല്ലാമായിട്ട് ഒരു പരിപാടി കോഴിക്കോടിനെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സ്ഥലം സ്വപ്ന നഗരിയായിരിക്കും വേറെ അനുകൂലമായ സ്ഥലം കാണുന്നില്ല വലിയ സാമ്പത്തിക ചെലവ് വരും ചെലവ് വരും ചെറിയതൊന്നും പോരാ നടത്തും പോലെ അതിൻ്റെതായ രീതിയിൽ നടത്തണം അങ്ങനെ ഒരു പരിപാടി വെച്ചാൽ നന്നായിരിക്കും എന്നൊരാശയം ഉണ്ട് പൊതുയോഗത്തിൽ വെച്ചപ്പോൾ എല്ലാവരും വളരെ അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത് അങ്ങനെയാവുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വരൂ ഞാൻ നീ വ്യത്യാസമില്ലാതെ എങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ എല്ലാവരെയും ചോദിച്ചു നന്നായി അതിന്റെ വിശദാംശങ്ങൾ തീരുമാനിച്ച ശേഷം നമുക്ക് പങ്കുവയ്ക്കാം ഇപ്പോൾ കോഴിക്കോട് സോമയാഗം നടക്കുകയാണല്ലോ അല്ലല്ലോ കഴിഞ്ഞല്ലോ കഴിഞ്ഞോ അപ്പൊ എന്തോ ഇത് മുന്നേ പിന്നെയൊക്കെ ആയിട്ടുണ്ടാവും കടലാസ് അറിയില്ല എന്തായാലും സോമയാഗം നടക്കുകയല്ല നടന്നു കഴിഞ്ഞു സോമയാഗം കഴിഞ്ഞു എന്തിനാണ് സോമയാഗം നടത്തുന്നത് അതിന്റെ പ്രവർത്തകര് കോഴിക്കോടുള്ളവരാണ് സംഘടിപ്പിച്ചതിന് നേതൃത്വം കൊടുത്തത് ശ്രീ എം ആർ രാജേഷാണ് അദ്ദേഹം കോഴിക്കോടുണ്ട് അവരുടെ പ്രസ്ഥാനം കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷനുണ്ട് ആർക്കും പോയി സമീപിക്കാവുന്ന രീതിയിൽ അവർക്ക് ഓഫീസുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് അവരോട് നേരിട്ട് പോയി ചോദിക്കുക എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഇത് നടത്തിയത് കൊണ്ടുള്ള ഉദ്ദേശം ചിദാനന്ദപുരസ്വാമിക്ക് അറിയില്ല അറിയാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയില്ല ഏത് മന്ത്രങ്ങളാണ് യാഗത്തിൽ ഉപയോഗിക്കുന്നത് വളരെ സന്തോഷം നേരെ പോവാ ചോദിക്കാം അനേക മന്ത്രങ്ങളുടെ സന്നിവേശം ഉണ്ടായിട്ടുണ്ട് വളരെ ശുദ്ധമായും സമ്പ്രദായ ശുദ്ധിയോടുകൂടിയും മന്ത്രം ചൊല്ലുകയും മറ്റും ചെയ്യുന്നവരാണ് കർമ്മികൾ എന്നുള്ളത് അവിടെ പോയപ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏതൊക്കെ മന്ത്രാപൗരം ചൊല്ലിയാണൊന്നും അറിയില്ലേ ഒന്നും അറിയില്ല കർമ്മകാണ്ഡത്തിലൊന്നും വലിയ വിവരമില്ല കുറെ സൂക്തങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ കണ്ട് ഇന്ന യാഗത്തിൽ ഇന്നതാ ഉപയോഗിക്കാൻ എന്നൊന്നും അറിയില്ല ഞാൻ നമുക്ക് ആ താല്പര്യമില്ല അത് പഠിച്ചിട്ടുമില്ല പഠിക്കാൻ പോണില്ല എന്തായാലും വേദമന്ത്രങ്ങളാണ് അത് സംശയമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിന്റെ സമീപത്തുകൂടെ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ച കുറച്ച് ആശയക്കുഴപ്പമുണ്ടാക്കി എന്താ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ രണ്ട് ഭാഗത്തും ഏകദേശം അമ്പതോളം പകുതി വളർച്ചയെത്തിയ വാഴകൾ വേര് വെട്ടിമാറ്റിയ രീതിയിൽ അലങ്കരിച്ച് കാണുവാൻ കഴിഞ്ഞു ഇതിന്റെ തെറ്റും ശരിയും പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അമ്പത് വാഴകൾ ഏകദേശം അമ്പത് വാഴകൾ പകുതി വളർച്ച എത്തിയ വാഴ വേര് വെറ്റി മാറ്റിയ രീതിയിൽ അലങ്കരിച്ച് വെച്ചതായി കാണുവാനും കഴിഞ്ഞു ഇതിന്റെ തെറ്റും ശരിയും അത് എങ്ങനെയാപ്പൊ പറയാതൊക്കെ പോകും എന്താ ഇതിനൊക്കെ നിർത്തിയുള്ളത് ഏതായാലും അത് സങ്കടം തന്നെയാണ് ഇത്രയേ ഉള്ളു സങ്കടമാണത് കാരണം ഇത്രക്കധികം വാഴകളൊക്കെ മുറിച്ച് പത്തൊമ്പതെണ്ണം പൂർണമായി കൊലച്ച് പാകപ്പെട്ട് അതിന്റെ ദൗത്യം പൂർത്തിയാക്കിയ വാഴ മുറിച്ചു എന്ന് പറഞ്ഞാൽ വിരോധമില്ല ഇതങ്ങനെയുള്ളതല്ല പകുതി വളർച്ച എത്തിയ വാഴകളാ മുറിച്ചു വെച്ചിട്ടുള്ളത് അപ്പോ വേണമെങ്കിൽ മറുഭാഗത്ത് പറയാം സ്വാമി നിങ്ങളുടെ സ്വാർത്ഥതയാണ് പറഞ്ഞത് കാരണം ഈ വാഴയ്ക്കൊരു വിശേഷമുണ്ട് എന്താ വാഴയുടെ വിശേഷം അതിന്റെ പ്രജനനം അല്ലെങ്കിൽ പിന്തുടർച്ച നടക്കുന്നത് പഴത്തിലൂടെയല്ല അതുകൊണ്ടത് പൂർണ്ണ വളർച്ച എത്തിയാലും അർദ്ധ വളർച്ച എത്തിയാലും തുല്യം തന്നെ എന്നൊരു വാദം വരാം അർത്ഥം മനസ്സിലായില്ല ഇതാണ് വാദം പൂർവപക്ഷം നമ്മൾ തന്നെ ഉന്നയിച്ചതാണ് കാരണം വാഴയല്ലേ അതെ വാഴയാണ് അതിനെ കൊലച്ചു പഴമുണ്ടായി വാഴയ്ക്ക് വല്ല ഗുണമുണ്ട ഇല്ല നേരെ മറിച്ച് മാവാണ് മാവണ്ടായി അതിന് ഗുണമുണ്ട് അതിന്റെ പിന്തുടർച്ച അങ്ങനെയാ സംഭവിക്കുന്നത് ഇതല്ലോ ഇത് കണ്ടേന്നാണല്ലോ ഉണ്ടാവുന്നത് അതിന് മറുപടി ഈ പകുതി പ്രായത്തിൽ മുറിക്കുമ്പോ കണ്ടയിൽ നിന്ന് ചെടി ഉണ്ടാവില്ല രണ്ട് ഇത് പുഷ്പിച്ച് കാച്ച് പഴുക്കുന്നതിൽ അങ്ങൊരു പ്രക്രിയ പ്രകൃതിയുടെ നിയമത്തിൽ ഉണ്ടെങ്കിൽ അതിലൊരു സാഫല്യം വഴകി ഉണ്ട് അല്ലെങ്കിൽ അത് സംഭവിക്കില്ല ഉറപ്പാ പ്രകൃതിയിൽ ഒന്നും അസ്ഥാനത്ത് സംഭവിക്കില്ല അപ്പോൾ വലിയ സങ്കടം തന്നെയാണ് അവിടെ കുളത്തൂര് ഒരു തെങ്ങിമ്മലെല്ലാം കയറുന്ന ഒരാളുണ്ട് അയാൾ പറയും സ്വാമിജി ഏറ്റവും വലിയ സങ്കടം തോന്നുന്ന സന്ദർഭം എപ്പോഴാന്നറിയോ എപ്പോഴാ ക്ഷേത്രത്തിൽ മറ്റും അലങ്കരിക്കാൻ കുരുത്തോല വെട്ടാൻ പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും ദുഃഖം തോന്നുന്ന സന്ദർഭം സ്വന്തം ദേഹഭാഗം മുറിക്കണ പോലെ തോന്നും കാരണം ഈ കുരുട്ടോല വളർച്ച ഉണ്ടായിട്ട് എലയായിട്ട് അതാണ് ഇതെങ്ങനെ സംരക്ഷിക്കുന്നത് അതിനെയാണ് അലങ്കരണത്തിന് വേണ്ടി നമ്മൾ മുറിച്ച് കളയണത് കുറച്ച് മൂത്തല മുറിച്ചാൽ ഇത്ര പ്രശ്നമില്ല ഇത് സങ്കടം തോന്നും മുറിക്കാൻ പറയുമ്പോൾ മുറിക്കാതിരിക്കാനും പറ്റില്ല കാരണം അമ്പലക്കാരൊക്കെയാണ് പറയുക എന്ന് ചിന്തിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞ വാക്യം വളരെ ചിന്തിക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീക്ഷണത്തിലും അലങ്കരണ വിധാനങ്ങളിലുമൊക്കെ കുറച്ചൊരു പരിവർത്തനമൊക്കെ വരുത്തേണ്ടതല്ലേ എന്ന് ചിന്തിക്കുക എന്നാള് ഇത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മൾ തൃശൂരിന് വരികയാണ് തൃശ്ശൂരിനും കുന്നംകുളത്തിനും ഇടയ്ക്ക് കണ്ടൊരു കാഴ്ച നൂറുകണക്കിന് വാഴകൾ അമ്പതുമല്ല അഞ്ഞൂറുമല്ല വാഴകള് അതിന്റെ നേരം പോക്കതല്ല മോളിലൊക്കെ വെട്ടിയിട്ടുണ്ട് താഴത്തോ വെട്ടിയിട്ടുണ്ട് കുഴിച്ചിട്ടുണ്ട് റോഡിന്റെ സൈഡില് എന്നിട്ട് അതിലൂടെ ചുറ്റിയിരിക്കുകയാണ് ഈ കത്തുകയും കിടുകയും ചെയ്യണ ജാതി ഇല്ലേ എന്തായാലും പറയണത് അത് തന്നെ സാധനം മനസിലായില്ല ഒരു വയറിന്റെ മുകളിൽ ചെറിയ ജാതി ബൾബ് തന്നെ പറയാൻ പറ്റില്ല എന്താണെന്ന് അറിയില്ല അതിന് എന്താ പറയണ്ടതെന്ന് അറിയില്ല അത് ഡയോഡാണോ ഇനി ബൾബാണോ അതിന്റെ ഉള്ളിൽ ഫിലമെന്റ് ആണോ ഉള്ളത് എങ്ങനെയാണത് മിന്നേയും കിടുകയും മിന്നേയും കിടുകയും ചെയ്യും എന്താണ് അതിന്റെ പരിപാടി ഇത് ചുറ്റിയിരിക്കുക അതിന് ഈ വാഴിയ പോയി ചുറ്റിട്ടുള്ള എത്ര എണ്ണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടതാണ് ഈ പ്രകൃതിയുടെ താളക്രമത്തിന് നമ്മള് വിരുദ്ധരാവരുത് ഒരു പീഡ എറുമ്പിനും കൊടുക്കാതിരുന്ന നല്ലത് അവർക്കൊക്കെ മനസ്സുണ്ട് അവർക്കൊക്കെ ബുദ്ധിയുണ്ട് ആരെയും ദുഃഖിപ്പിക്കരുത് ചെടികൾക്കൊക്കെ മനസ്സും ബുദ്ധിയും ഒക്കെ ഉണ്ട് ഇല്ലാന്ന് നമുക്ക് വെറുതെ തോന്നുക അതുകൊണ്ട് അങ്ങനെയായിട്ട് ദ്രോഹിക്കണത് ഒരു സുഖം ഉള്ള ഇടപാടല്ല ഈശ്വരന്റെ ഇച്ഛയില്ലാതെ ഒരില പോലും ഇളകില്ല എന്ന് പറയാറുണ്ടല്ലോ എന്നാൽ ഈ രോഗം തെറ്റിൽ സ്ഥിതി ചെയ്യുന്നു ഏയ് അങ്ങനെ പറയാൻ പറ്റുമോ തെറ്റിലാണോ ലോകം സ്ഥിതി ചെയ്യണത് തെറ്റുകൾ പലരും ചെയ്യണു ശരിയും പലരും ചെയ്യുന്നു ഇതിന്റെ ബാലൻസിലിടയ്ക്ക് തകരാറ് വരും അപ്പൊ അത് പുനഃക്രമീകരിക്കാൻ ചില സംവിധാന ക്രമങ്ങൾ പുതുതായിട്ടുണ്ടാവും ആ സംവിധാന ക്രമങ്ങളെ നമ്മൾ അവതാരങ്ങളെന്ന് വിളിക്കും അല്ലാണ്ട് മുഴുവൻ തെറ്റിലാണോ ലോകം സ്ഥിതി ചെയ്യണത് ഏയ് അതല്ല തെറ്റ് ധാരാളം സംഭവിക്കുന്നുണ്ട് അതെക്കാലവും ആസുരികവും രാജ ദൈവികവുമായ സമ്പത്തുകളുടെ പ്രവർത്തനം ലോകത്തിലുണ്ടാവും ദ്വൗ ഭൂതസർഗ ലോകേശ്മിൻ ദൈവ ആസുരയെ വചൈവീ സമ്പത്തും ആസുരീ സമ്പത്തും രണ്ടും ലോകത്തിലുണ്ട് സൃഷ്ടിയാ ഉള്ളതാണ് അത് രണ്ടും വേണം ഏ ദൈവീ സമ്പത്ത് മാത്രം പോരേ സ്വാമി പോരാ ആസുരീ സമ്പത്തും വേണം ഇവയ്ക്ക് തമ്മിലൊരു ബാലൻസ് ഉണ്ട് ഇതെപ്പോഴാണോ ഈ സന്തുലിത ഭാവം നഷ്ടമാകുന്നത് അപ്പൊ പുനഃക്രമീകരണത്തിന് ചില സംവിധാനങ്ങൾ ഉണ്ടാവും ആ സംവിധാനങ്ങളെയാണ് നമ്മൾ അവതാരങ്ങളെന്നൊക്കെ വിളിക്കുക അല്ലാതെ ലോകം മുഴുവൻ ആശുപത്രികതയിലാണ് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല ലോകം മുഴുവൻ ദൈവികതയിലാണ് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞാലും അംഗീകരിക്കില്ല ഈ രണ്ടുമുണ്ട് ഇടയ്ക്ക് ഇത് കൂടും ഇടയ്ക്ക് അത് അങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യും അതിൽ ചെറിയ ആട്ടൊന്നും തുലാസിന് പ്രശ്നമല്ല ഏത് തുലാസായാലും കുറച്ചൊന്ന് ഇളവൊക്കെ ചെയ്യും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും അത് സാരമില്ല അതൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്നാ ചില ആൾക്കാരുണ്ട് ചെറിയ കല്ല് വെച്ചിട്ട് താത്തി തന്നെ വെക്കും കാണാം അത് പറ്റില്ല ശ്രദ്ധിച്ചിട്ടില്ല ചില തുലാസുകാർ ഒന്നിലെപ്പോഴൊരു ഭാരം വെച്ചിട്ട് താത്തി തന്നെ ഇട്ടേക്കും അത് പാടില്ല അത് സമ്മതിക്കാൻ പാടില്ല അല്ലാണ്ട് ചെറിയ ഇളക്കമൊക്കെ ഉണ്ടാവും അത് സാധാരണയാണ് പ്രതി അർത്ഥം മനസ്സിലായി വിചാരിക്കുക അതുപോലെ ദൈവീസമ്പത്തിന്റെയും ആസുരീ സമ്പത്തിന്റെയും ക്രമികതയിൽ സന്തുലിത ഭാവത്തിൽ ചില ചില താറുമാറൊക്കെ ഉണ്ടാവും അത് സാരല്ല അത് ഒഴിവാക്കാവുന്നതാണ് പക്ഷേ അതിനൊരു ക്രമാരഹിതമായ അല്ലെങ്കിൽ ക്രമാതീതമായ തലം വരുമ്പോ അതിന്റെ പുനഃക്രമീകരണത്തിന് ചില ശക്തി വിശേഷങ്ങളൊക്കെ ആവിർഭവിക്കും ഇതിന്റെ കാരണം ഈശ്വരന്റെ കഴിവുകേട് കൊണ്ടാണെന്ന് വരില്ലേ ഒരിക്കലും വരില്ലേ ഈശ്വരന്റെ കഴിവുകേടോ അങ്ങനെ സംഭവമില്ല അങ്ങനെ സംഭവമേ ഇല്ല അപ്പൊ നമുക്ക് തോന്നാം അപ്പോ ഈ സന്തുലിതഭാവം നഷ്ടപ്പെടുന്നതോ അതൊക്കെ ഈ ക്രമത്തിൽ പെട്ടതാ അതെല്ലാം ഈ പ്രപഞ്ചവ്യവസ്ഥയുടെ ഭാഗമാണ് അത് ശ്രദ്ധിക്കുക അമ്മയ്ക്ക് ഒരു ആത്മനിർവൃതി ഉണ്ടെങ്കിൽ അതിനു മുമ്പിലൊരു പ്രസവവേദനയുടെ നൊമ്പരം ഉണ്ട് അതില്ല ഇത് വേണമെന്നുള്ള നടപ്പില്ല അത് പ്രപഞ്ച നിയമമാണ് അത് ഈ പ്രപഞ്ചത്തിന്റെ താളമാണ് ഇവിടെ ഒരു സന്തുലിത ഭാവമുണ്ട് ഷഡ്ദർശനങ്ങളിൽ ഈശ്വര സങ്കല്പത്തിന്റെ ശാസ്ത്രരീതിയാലുള്ള വ്യത്യാസങ്ങൾ വേർതിരിച്ച് വെളിപ്പെടുത്തി തരണം ഇതിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളും ഇപ്പോഴുള്ള ആസ്ഥാനങ്ങളും ഏവയാണ് ിദ്ദു സായി അരവിന്ദോ ശ്രീശ്രീ അമ്മ തഥാത സിദ്ധാശ്രമ ബ്രഹ്മകുമാരി കുറെ കുത്തുകൾ തുടങ്ങി കേൾക്കുന്ന ആശ്രമങ്ങൾ ഏതേത് ദർശനത്തോടാണ് അടുത്തിരിക്കുന്നത് ഷഡ് ദർശനങ്ങൾ ഈശ്വര സങ്കല്പത്തിന്റെ ശാസ്ത്രരീതിയായുള്ള വ്യത്യാസങ്ങൾ ഷഡ്ദർശനങ്ങൾ ആസ്തിക ദർശനങ്ങൾശനങ്ങളിൽ ഈശ്വരൻ പൂർവ്വമീമാംസയിൽ ഈശ്വരനില്ല ദേവതകളുണ്ട് ഈശ്വര സങ്കല്പമില്ല അനേക ദേവതകളുണ്ട് മന്ത്രങ്ങളിലൂടെ ഹോമത്തിലൂടെ ദേവതകളെ സന്തോഷിപ്പിക്കുക അതിലൂടെ അദൃഷ്ടം സമ്പാദിക്കുക സ്വർഗം നേടുക അതാണ് പൂർവമീമാംസയുടെ ന്യായവും വൈശേഷികവും ഈശ്വരനെ സ്വീകരിക്കുന്നുണ്ട് ായത്തിലും വൈശേഷികത്തിലും ഈശ്വരനുണ്ട് ഈശ്വര കൽപ്പനയ്ക്കനുസരിച്ചാണ് വൈശേഷിക മതമനുസരിച്ച് പരമാണുക്കളിൽ നിന്ന് പ്രപഞ്ചം ആവിർഭവിക്കുന്നത് വൈശേഷികമനുസരിച്ച് പ്രപഞ്ചത്തിന്റെ ആവിർഭാവം പരമാണുക്കളിൽ നിന്നാണ് പരമാണുക്കളുടെ ചേർച്ചയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത് അപ്പൊ പരമാണുക്കളുടെ ചേർച്ചയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാവുന്നത് ഈശ്വരാജ്ഞയാലാണ് അഥവാ ഈശ്വര സാന്നിധ്യത്താലാണ് ഈശ്വരൻ യോഗത്താലാണ് ഈശ്വരൻ അംഗീകരിക്കുന്നുണ്ട് അതുപോലെ പ്രപഞ്ചവ്യവസ്ഥയുടെ പിന്നിൽ ധർമ്മത്തെ നിലനിർത്തുന്നതിന്റെ പിന്നിൽ ഈശ്വരനെ നൈയായികന്മാർ അംഗീകരിക്കുന്നുണ്ട് ന്യായദർശനത്തിൽ സാഖ്യത്തിൽ ഈശ്വരനില്ല സാഖ്യദർശനം ഈശ്വരനെ തള്ളുന്നുമില്ല കൊള്ളുന്നുമില്ല ഈശ്വരനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഈശ്വരനെക്കുറിച്ചുള്ള ചർച്ച അവിടെ ആവശ്യമില്ല യോഗത്തിൽ ഈശ്വരനുണ്ട് പക്ഷേ ആ ഈശ്വരൻ വേദാന്തി പറയുന്ന ഈശ്വരനൊന്നുമല്ല പിന്നെ അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം എന്നീ പഞ്ചക്ലേശങ്ങൾ ശുക്ലം കൃഷ്ണൻ മിശ്രം എന്നീ കർമ്മങ്ങൾ ആ കർമ്മങ്ങളുടെ സംസ്കാരങ്ങൾ ആ സംസ്കാരോത്ഭൂതമായ വാസനകൾ ഇവയാൽ സ്പർശിക്കപ്പെടാത്ത ഒരു വിശേഷ പുരുഷനാണ് ഈശ്വരൻ ഒരു വിശേഷപുരുഷൻ അതെന്താ അങ്ങനെ എന്നാണെങ്കിൽ യോഗദർശനത്തിൽ സാഖ്യത്തിലുള്ളതുപോലെ സാഖ്യത്തിൽ രണ്ട് പദാർത്ഥങ്ങളാണ് പുരുഷനും പ്രകൃതിയും പുരുഷനെന്നും പ്രകൃതി എന്നും അടിസ്ഥാനമായ രണ്ട് പദാർത്ഥങ്ങളാണ് സാഖ്യത്തിലുള്ളത് അതിൽ ഛേദനാവാനാണ് പുരുഷൻ ജഡമാണ് പ്രകൃതി പരിണാമിയാണ് പ്രകൃതി അപരിണാമിയാണ് പുരുഷൻ കർത്തൃത്വം പ്രകൃതിയിൽ ഭോക്തൃത്വം പുരുഷനിൽ അതാണ് സാഖ്യം അപ്പൊ ഈ സാഖ്യവാദത്തെ അതേപടി യോഗി സ്വീകരിക്കുന്നുണ്ട് യോഗദർശനം അതേപടി സാങ്ക്യം തന്നെയാണ് യോഗം പക്ഷേ ഇവിടെ പ്രകൃതി പുരുഷൻ പ്ലസ് ഈശ്വരനുണ്ട് ആ ഈശ്വരൻ വിശേഷപുരുഷൻ ക്ലേശകർമ്മ വിഭാഗാശയ അപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര ക്ലേശകർമ്മ വിഭാഗാശയങ്ങളാൽ സ്പർശിക്കപ്പെടാത്ത ഒരു വിശേഷ പുരുഷനാണ് ഈശ്വരൻ അതായത് കർമ്മങ്ങളാലും അവിദ്യാദി ദോഷങ്ങളാലും ഒന്നും ബാധിക്കപ്പെടാത്തൊരു വിശേഷ പുരുഷനുണ്ട് അവൻ സർവ അവൻ സർവജ്ഞനാണ് തത്ര നിരതിശയം സർവജ്ഞ ബീജം സർവജ്ഞത്വത്തിന്റെ ബീജം അവിടെയുണ്ട് തസ്യ വാചക പ്രണവ അവന്റെ പേരാണ് ഓങ്കാരൻ അങ്ങനെ ഈശ്വരനുണ്ട് വേദാന്തത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ജഗത്തിനെ നിയമിക്കുന്ന ഈശ്വരനുണ്ട് സമഷ്ടി താതാത്മ്യമാണ് ഈശ്വരനിലുള്ളത് ഈ സമഷ്ടിയോട് മുഴുവൻ താതാത്മ്യപ്പെട്ടിട്ടുള്ള ഈശ്വരൻ അവൻ വിദ്യോപാധികനാണ് ജീവൻ അവിദ്യോപാധികനാണ് ജീവൻ അവിദ്യോപാധികൻ ഈശ്വരൻ വിദ്യോപാധികൻ പക്ഷെ രണ്ടും ഉപാധികന്മാരാണ് ഈ വിദ്യാ അവിദ്യ എന്നുള്ള ഉപാധി മാറ്റിക്കഴിഞ്ഞാൽ ഈശ്വരനും ജീവനും ഒന്ന് തന്നെയാണ് ഇതൊന്നും മറ്റാർക്കും ചിന്തിക്കാൻ പറ്റാത്തതാണ് മറ്റു ദർശനങ്ങളിൽ അപ്പൊ ഇങ്ങനെ ഈശ്വര ദർശനത്തിൽ ഈശ്വര സങ്കല്പത്തിൽ വളരെ വ്യത്യാസമുണ്ട് വിശദമായി ദർശനങ്ങളിലൂടെ കടന്നു പോവുക സൂചന പറഞ്ഞു എന്ന് മാത്രം അപ്പോ പൂരമീമാംസകനും സാഖ്യനും ഒട്ടും ഈശ്വരനെ അംഗീകരിക്കുന്നില്ല സൃഷ്ടിയുടെ പിന്നിലുള്ള ശക്തിവിശേഷമായിട്ട് ഈശ്വരനെ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രപഞ്ചകാരണ ഈശ്വരനല്ല അത് പരമാണുക്കളാണ് വൈശേഷികനെ സംബന്ധിച്ച് പ്രപഞ്ചവ്യവസ്ഥയുടെ പിന്നിൽ ഈശ്വരനെ കാണുന്നുണ്ട് ധർമ്മത്തിന്റെ പിന്നിൽ ഈശ്വരനെ കാണുന്നുണ്ട് നയായികൻ യോഗി ഒരു വിശേഷ പുരുഷനായിട്ട് ഈശ്വരനെ കാണുന്നു വേദാന്തിയാകട്ടെ സമഷ്ടി അഭിമാനിയായി വിദ്യോപാധികനായി ഈശ്വരനെ കാണുന്നു ശ്രദ്ധിക്കുക വേദാന്തശാസ്ത്രത്തിൽ പറയുന്ന വൃത്തിജ്ഞാന പ്രക്രിയ ഒന്ന് വിശദമാക്കാമോ ഏറ്റവും സംക്ഷിപ്തമായി പറയാം ഇവിടെ പദാർത്ഥ ജ്ഞാനം ഏതൊരു വസ്തുവിഷയജ്ഞാനവും നമുക്കുണ്ടാവുന്നത് അന്ധകരണത്തിൽ വൃത്തി രൂപപ്പെടുന്നതിലൂടെയാണ് ഒരു പദാർത്ഥത്തെ ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പ്രക്രിയകൾ നടക്കുന്നുണ്ട് ഒന്ന് ആ പദാർത്ഥത്തിൻ്റെ ആകാരത ിൽ എന്റെ അന്ധക്കരണം പരിണമിക്കുന്നുണ്ട് അഥവാ അന്ധക്കരണത്തിലെ വൃത്തികൾ വിഷയാകാരമായി പരിണമിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ഈ കടലാസ് കാണുന്നു എന്ന് പറഞ്ഞു ഇത് കടലാസാണെന്നറിയുന്നു ഇത് കടലാസാണെന്നുള്ള അറിവ് എനിക്ക് ലഭിക്കുന്നത് വളരെ പെട്ടെന്നുള്ളൊരു ഒരു ഒരു പ്രതിഭാസമാണെങ്കിലും അതിന് പിന്നിൽ സങ്കീർണങ്ങളായ പ്രക്രിയകളുണ്ട് ഇവിടെ അടിസ്ഥാനമായിട്ട് നേത്രേന്ദ്രിയത്തിൻ്റെ സഹായത്തോടുകൂടി ഞാൻ പ്രവേശിക്കുന്നു ഇതിലേക്ക് എന്ന് പറയുമ്പോൾ വൃത്തിരൂപത്തിൽ ഈ കടലാസിന്റെ ആകാരമായി ഞാൻ തീർന്നു ഞാൻ തീർന്നിട്ട് ഞാൻ പൂർണ്ണമായി തീർന്നു ആരും വിചാരിക്കരുത് അങ്ങനെ കടലാസ് കാണുമ്പോൾ ഞാൻ വേറൊന്നും കാണരുത് അതല്ല അർത്ഥം അന്തഃക്കരണത്തിൽ ഈ കടലാസിന്റെ വൃത്തി രൂപപ്പെട്ടു രൂപപ്പെടുന്നതിനുള്ള ഒരു ഉപകരണം മാത്രമാണ് അല്ലെ കരണം മാത്രമാണ് കണ്ണെന്നുള്ളത് ഇപ്പൊ കണ്ണ് വേണം പക്ഷെ കണ്ണ് പോരാ മനസ്സ് വേണം പക്ഷെ മനസ്സ് പോരാ മനസ്സിൽ അല്ലെങ്കിൽ അന്ധകരണത്തിൽ ഈ ആകാരം രൂപപ്പെടണം അതിന് ദ്വാരമാണ് മനസ്സ് ശ്രദ്ധിക്കുക അങ്ങനെ അന്ധകരണത്തിൽ രൂപപ്പെട്ടു ഈ രൂപപ്പെട്ട ആകാരത്തെ ഞാൻ പ്രകാശിപ്പിക്കണം ഞാൻ പ്രകാശിപ്പിക്കുമ്പോഴേ ഇതറിയൂ അല്ലെങ്കിൽ അറിയില്ല രണ്ട് പ്രക്രിയ നടക്കുന്നത് ഒന്ന് അന്തക്കരണത്തിലുണ്ടാകുന്ന വിഷയാകാര പരിണാമം അതിന് വൃത്തിവ്യാപ്തി എന്നാ പറയ വൃത്തിയാൽ അന്തക്കരണം വ്യാപിക്കുന്നു തഥാകാര വൃത്തിയാൽ വ്യാപിക്കുന്നു രണ്ട് ആ വൃത്തിയെ ഞാൻ പ്രകാശിപ്പിക്കുന്നു അതിന് ഫലവ്യാപ്തി എന്ന് പറയും വേദാന്ത പ്രക്രിയ അനുസരിച്ച് ഏതൊരു വിഷയജ്ഞാനത്തിനും ഈ രണ്ട് വ്യാപ്തികൾ വേണം വൃത്തിവ്യാപ്തിയും ഫലവ്യാപ്തിയും വളരെ പെട്ടെന്ന് കഴിയും വളരെ പെട്ടെന്ന് കഴിയും ഈ രണ്ട് വ്യാപ്തികൾ പ്രവർത്തിച്ചാൽ മാത്രമേ വസ്തുജ്ഞാനം ഉണ്ടാവുള്ളൂ ഇവിടെയാണ് ആത്മജ്ഞാനത്തിന് ഫലവ്യാപ്തിയില്ല മൃത്യവ്യാപ്തി മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് ഞാൻ എന്നെ പ്രകാശിപ്പിക്കേണ്ടതില്ല സ്വപ്രകാശ സ്വരൂപമാകുന്ന ആത്മാവിനെ ഞാൻ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളത് അനർത്ഥമാണ് പക്ഷേ വൃത്തിവ്യാപ്തി ഉണ്ടാവണം വൃത്തിഷ്ഠമായിട്ടുള്ള അറിവുണ്ട് അപ്പൊ വൃത്തിഷ്ഠമായ അറിവുണ്ടാവണമെങ്കിൽ ശാസ്ത്രം വേണം ഗുരു വേണം ശ്രവണം വേണം ഒക്കെ വേണം ശ്രവണം എന്ന നിത്യാസങ്ങളിലൂടെ വൃത്തിവ്യാപ്തി ഉണ്ടാവണം ഫലവ്യാപ്തി അവിടെ ഇല്ല ആത്മജ്ഞാനത്തിൽ നിന്ന് ഭിന്നമായിട്ട് അതായത് വിഷയജ്ഞാനങ്ങൾ അഖിലവും തന്നെ ഈ രണ്ട് വ്യാപ്തികളിലെ കൊണ്ടാണ് ഉണ്ടാവുന്നത് സൂക്ഷ്മമായ വിഷയമാണ് വളരെ സൂക്ഷ്മമായ വിഷയമാണ് ശരി തൽക്കാലം നമ്മൾ ഉപസംഹരിക്കുന്നു ഓ ഗുരു ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ